പാർത്ഥസാരഥിപേണ ശ്രാവയ ശുഭിരം പാർത്ഥയാർത്തിഹരോ ദൃപാർത്തി സ പാതുനഃ ഹരി ഓ ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞലക്ഷണം രണ്ട് ശ്ലോകങ്ങള് കവിഞ്ഞു ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിയുടെ ആന്തരികമായ സ്ഥിതിയെ ഇന്നർ സ്റ്റേറ്റ് ആന്തരികമായ സ്ഥിതിയെ ഭഗവാൻ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ും എന്ന് പറഞ്ഞു വ്യവഹാരത്തിൽ യാതൊന്നും ബാധിക്കുന്നില്ല ആന്തരികമായ സ്ഥിതിയോ വാസനാശൂന്യം ശങ്കരാചാര്യസ്വാമികളും സജീവൻമുക്ത ഉച്ച അന്തർമുഖതയാ തിഷ്ഠന് ബഹിർവൃത്തി പരോപിസൻ പുറമേക്ക് വ്യവഹാരം ചെയ്യുമ്പോഴും അന്തർമുഖതയാ തിഷ്ഠൻ ഉള്ളിൽ ബുദ്ധി ആത്മാവിൽ ലയിച്ചിരിക്കുന്നു ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു എന്നാലും എല്ലാരെയും പോലെ പുറമേക്ക് വ്യവഹരിക്കുന്നു എന്നാൽ ജാഗ്രധർമ്മ വിവർജിത ജാഗ്രത്തിന്റെ ധർമ്മമായ രാഗം ദ്വേഷം ഒന്നും ഉണ്ടാവുന്നില്ല അകമയ്ക്ക് ആ സ്റ്റിൽനസ് ശാന്തിയുണ്ട് ബോധം അനുഭവമണ്ഡലത്തിൽ ഇല്ല സജീവൻ മുക്ത ഉച്ചതെ അങ്ങനെയുള്ള ആളെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു ഇത് രണ്ട് ശ്ലോകങ്ങൾ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഈ ലക്ഷണം പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ദുഃഖം ആവട്ടെ സുഖമാവട്ടെ രണ്ടിലും ബാധിക്കപ്പെടാത്ത സ്ഥിതി നമ്മളുടെ ജീവിതം ഇത്രയും വേണ്ടു നമുക്ക് എല്ലാവർക്കും അതാണ് ഭാഗവതത്തിൽ വിതുരൻ മൈത്രേയ മഹർഷിയെ കാണാൻ ചെല്ലുന്നു മൂന്നാമത്തെ സ്കന്ധം ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് വിതുരൻ ഹസ്തനാപുരത്തിലുള്ള തന്റെ പോസ്റ്റ് മിനിസ്റ്ററായിട്ടുള്ള പോസ്റ്റ് ഉപേക്ഷിച്ചു എന്നിട്ട് അവിടുന്ന് പോവാണ് അതിന് കാരണമുണ്ട് രാജാക്കന്മാരുടെ ജീവിതമൊക്കെ അദ്ദേഹം കണ്ടു അഹങ്കാരം കൊണ്ട് കലുഷചിത്തന്മാരായി പരസ്പരം ഷണ്ടകൂടി ഒരു സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ദുര്യോധനാദികളെയും കണ്ടു അദ്ദേഹം എന്തിനു പറയണു തന്റെ ഏട്ടൻ അദ്ദേഹത്തിന് കണ്ണുരണ്ടും ഇല്ലെങ്കിലും മോഹം മാത്രം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്തു പറഞ്ഞുകൊടുത്താലും ബോധം വരാതെ രണ്ട് കണ്ണില്ലാത്ത ആളായിരുന്നും പോലും ഒരു വൈരാഗ്യം വരണില്ലയാണ് അഹോ ബലീയസി ജന്തോഹോ ജീവിതാസ യീവിതാശ യൻ ഭീമാപവർജിതം പിണ്ടം ആദത്തെ ഗൃഹപാലവത്ത് ധൃതരാഷ്ട്രറോട് വിതുരൻ പറയാണ് മനുഷ്യനെ തൃഷ്ണ ആശ എത്ര കണ്ട് ബുദ്ധിയുള്ള ആളാക്കി തീർക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അങ്ങ് അങ്ങയെ കാണുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഈ ജന്തുവിന് ഏട്ടനാണ് ജന്തു വാക്കാണ് ക്രീച്ചർ ജീവിതാശ ജീവിക്കാനുള്ള ആശയ എത്ര പ്രബലം രണ്ട് കണ്ണില്ല അവസാനം പറയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണുമ്പോൾ പറയണം മക്കൾ നൂറുപേരും മരിച്ചിട്ടും വൈരാഗ്യം വരണില്ല നൂറു മക്കളും മരിച്ചിട്ടും സാധാരണ നമുക്ക് അല്പം ദുഃഖമെന്നാ വൈരാഗ്യം വരും പക്ഷേ സത്സംഗത്തിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അത് വേറെ ഒരു കാര്യം ധൃതരാഷ്ട്രർക്ക് സത്സംഗം കിട്ടാത്തതിന്റെ കുറവുകൂടെ അല്ല ഗീതയൊക്കെ കേട്ടിട്ടും അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല സത്സംഗത്തിനെ ഒന്നും തന്നെ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തില്ല സത്സംഗം സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നൂറു മക്കൾ മരിച്ചിട്ടും സഹോദരൻ മരിച്ചിട്ടും ബന്ധുക്കൾ അനേകം പേര് മരിക്കുന്നത് കണ്ടിട്ടും അദ്ദേഹത്തിന് വൈരാഗ്യം വരാതെ വയസ്സുകാലത്ത് പിന്നെയും ഭീമൻ രാവിലെ കൊണ്ടു ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചാപ്പാട് ഏത് ഭീമനാണോ തന്റെ മക്കളെ കൊന്നത് ഏത് ഭീമനെ താൻ വധിക്കാൻ ശ്രമിച്ചുവോ ആ ഭീമൻ കൊണ്ടു കൊടുക്കുന്നതും അപ്പൊ വിതുരർക്ക് സഹിച്ചില്ല വിതുരട് പറയാണ് കഷ്ടം കഷ്ടം മനുഷ്യന് ഒന്നിൽ സ്വയമേവ ബുദ്ധി വരണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടെങ്കിലും ബുദ്ധി വരണം യെ സ്വകാത് പരതോവേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദികൃത്വ ഹരിം ഗേഹ പ്രവ്രജേത സരോത്തമഹാന് ഹരിയെ ഹൃദയത്തിൽ വരിച്ചുകൊണ്ട് പരിവ്രചനം ചെയ്യണം അങ്ങയ്ക്ക് ഇത്രയധികം ദുഃഖം വന്നിട്ട് മക്കളൊക്കെ മരിച്ചു എന്നിട്ട് ആരെയാണോ അങ്ങ് ജീവിതം മുഴുവൻ ദ്രോഹിച്ചത് അവരിൽ പ്രമുഖനായ ഭീമൻ കൊണ്ടു തരുന്ന ഈ ഭക്ഷണം കഴിക്കണമല്ലോ രാജാവേ ഇത് ഭക്ഷണമല്ല പിന്ന ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത് ചിലർക്കൊക്കെ വൈരാഗ്യം വരണമെങ്കിൽ സ്ട്രോങ് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നാലേ പറ്റുള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെ വൈരാഗ്യം വരുത്തി വിതുരൻ ധൃതരാഷ്ട്രരെ ഒക്കെ കണ്ടു ഇവരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി മായയുടെ പിടിത്തം ഗ്രാസ്പ് നമ്മളുടെ മേലുള്ള പിടി ഭയങ്കരമാണ് എല്ലാവർക്കും സുഖം വേണം എന്നുള്ള ആഗ്രഹമുണ്ട് സുഖം കിട്ടണില്ല ദുഃഖം വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹമുണ്ട് ദുഃഖം വരണം എന്നിട്ടും മനുഷ്യൻ ഇതിനൊരു ആത്യന്തികമായി വല്ല പരിഹാരമുണ്ടോ എന്ന് തന്നോടും ചോദിക്കണില്ല മറ്റുള്ളവരോടും ചോദിക്കണില്ല ഇതാണ് വിതുരന്റെ ഒരു സംശയം ഇത് എന്തുകൊണ്ടാ മനുഷ്യൻ ഇത്ര മഠേനായിട്ടിരിക്കണം അപ്പൊ വിതുരൻ ഈതു ചോദിക്കാനായിക്കൊണ്ട് ഹസ്തനാപുരം വിട്ടു വേഷം മാറി തനിക്ക് അറിയുന്നവരുടെ വീട്ടിലേക്കൊന്നും പോയില്ല ബന്ധുക്കളെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ നടന്നു അങ്ങനെ തീർത്ഥയാത്ര ചെയ്ത് ചെയ്ത് ചെയ്ത് കഷ്ടിച്ച് വൃന്ദാവനത്തെത്തിയപ്പോ തത്രോദ്ധവം ഭാഗവതം ദദർശാൻ പരമഭാഗവതനായ ഉദ്ധവനെ കണ്ടു പക്ഷേ ഉദ്ധവൻ ആള് മാറിപ്പോയിരിക്കണം ഉദ്ധവനെ കാണുന്നത് മഹാഭാരതമൊക്കെ കഴിഞ്ഞ് പത്തു മുപ്പത് വർഷത്തിന് ശേഷമാണ് ഉദ്ധവരെ കാണുന്നത് അപ്പൊ ഉദ്ധവനാണെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ ആദ്യം ഏതോ ഒരു അവധൂതൻ എന്നാണ് വിതുരൻ ധരിച്ചത് ഏതോ ഒരു അവധൂതൻ വരുന്നു എന്നാണ് എന്താന്ന് വെച്ചാൽ വെറും കൌവിനമാത്ര ധരി തലയൊക്കെ വിരിച്ചിട്ട് ആഭരണങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഉദ്ധവൻ കൃഷ്ണനെ പോലെ തന്നെ വേഷം കെട്ടുന്ന ആളാണ് കൃഷ്ണന്റെ തന്നെ ഉടുത്ത പീതാംബരം ശരീരം പോലും കൃഷ്ണന്റെ ഉച്ചിഷ്ടം ഭക്ഷിച്ചു വളർന്ന ശരീരം കൃഷ്ണനെ പോലെ തന്നെ വേഷം കെട്ടുന്ന ഉദ്ധവര് ഇപ്പോ കൌപീനമാത്രധാരിയായി തലതിരിച്ചിട്ട് അവധൂതനെ പോലെ വരുന്നു ഉദ്ധവര് അടുത്തങ്ങനെ വന്ന് നിന്നു അത്ര അപ്പോഴാണ് വിദുരന് മനസ്സിലായത് ഉദ്ധവരുടെ കണ്ണിലേക്ക് വിതുരൻ ഒരു ക്ഷണനേരം നോക്കി അപ്പോ ഉദ്ധവർക്ക് വിതുരർക്ക് തോന്നിയത് ഞാൻ ഉദ്ധവനെ കാണുന്നു എന്ന് തോന്നിയില്ലയാണ് പിന്നെ എന്താ തോന്നിയതെന്ന് വെച്ചാൽ പൂർണാർത്വ ലക്ഷിതസ്ഥേന് സ്നേഹപ്രസര സംപ്ലുത കണ്ടോണേ ഹൃദയത്തിൽ ഭക്തിയുടെ ഒരു പെരുക്കുണ്ടായി ഒരു ഫ്ലഡുണ്ടായി അതുമാത്രമല്ല ഒരു വ്യക്തി നിൽക്കണു എന്ന് തോന്നിയില്ല ഒരു പൂർണ്ണ തത്വം തന്റെ മുമ്പിൽ നിൽക്കണു എന്ന് തോന്നിയത്ര ഉദ്ധവരെ കാണുമ്പോൾ നോട്ട് ആസ് എ പേഴ്സൺ ബട്ട് ആസ് അബ്സൊലൂട്ട് പ്രിൻസിപ്പിൾ പൂർണ്ണ അർത്ഥോലക്ഷിതേനെ മഹാവാക്യത്തിന്റെ പൊരുൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നി എന്താ കാരണം എന്ന് വെച്ചാൽ അറിഞ്ഞവൻ ബ്രഹ്മമായിട്ട് തന്നെ തീരുന്നു അല്ലാതെ ബ്രഹ്മജ്ഞാനിയായിട്ട് നിൽക്കുന്നില്ല ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ സ്വയമേവ ബ്രഹ്മം ഇപ്പൊ ഉദ്ധവര് ഉദ്ധവരായ ഒരു വ്യക്തിയായിട്ടല്ല വന്നിരിക്കുന്നത് മറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ഏകാദശത്തിൽ വേദാന്ത തത്വം കേട്ട് അറിഞ്ഞ് അനുഭവിച്ച് പൂർണ്ണവസ്തുവായി ഇനിമ ഇനി അളകാനന്ദയുടെ തീരത്തിൽ ചെന്ന് ഈ കേട്ടത് മുഴുവൻ മനനം ചെയ്യാനായിക്കൊണ്ട് പോകുന്ന വഴിയിലാണ് വിതുരരെ കണ്ടത് അപ്പൊ വിതുരർക്ക് ജ്ഞാനം തെളിഞ്ഞ് ഒരാളെ കണ്ട ഒരു വ്യക്തിയും തോന്നണില്ല എന്നാണ് വിതുരർക്ക് കണ്ടുറിനെ പൂർണ്ണവസ്തു തന്റെ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നി അപ്പോ വിതുരര് ഉദ്ധവരെ ആലിംഗനം ചെയ്തു എന്നിട്ട് പതുക്കെ പല കുശല പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോ കൃഷ്ണനെ കുറിച്ച് ചോദിച്ചു കൃഷ്ണനെക്കുറിച്ച് ചോദിച്ചതും എന്താ പറയുക രാമകൃഷ്ണപരമവംശര് ഒരു എക്സാമ്പിൾ പറയും ഒരു ദിവസം രാമകൃഷ്ണപരമവംശർ ഗംഗയിൽ കുളിക്കാൻ അറിഞ്ഞപ്പോ ഗംഗക്കരയിൽ ഒരു ചെറിയ കുട്ടി തോർത്തുകൊണ്ടൊരു മത്സ്യത്തിനെ പിടിച്ചിട്ട് ചെറിയൊരു പാത്രം ചട്ടി ആ ചട്ടിയുടെ ുള്ളിൽ വെള്ളം നിറച്ചിട്ട് ഈ കൊച്ചു മത്സ്യത്തിനെ ആ ചട്ടിയുടെ ഉള്ളിൽ ഇട്ടിട്ട് ആ ഗംഗയുടെ പടവില് വെച്ചിട്ടുണ്ട് പടിയിൽ വെച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു രാമകൃഷ്ണദേവന്റെ മനസ്സ് എന്തിനെ കണ്ടാലും ഭഗവാനിലേക്ക് പോകും ആ സ്ഥിതിയിലാണ് അപ്പൊ ഈ കുടത്തിന്റെ ഉള്ളിൽ വെള്ളത്തിലിരിക്കുന്ന കൊച്ചു മത്സ്യം ആ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നു വീണ്ടും ആ കുടത്തിനുള്ളിൽ തന്നെ വീഴുന്നു പുറത്തേക്ക് ചാടുന്നു വീണ്ടും ആ ചട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ വീഴുന്നു ഇങ്ങനെ കുറച്ചുനേരം ശ്രമിച്ച് ശ്രമിച്ച മത്സ്യം അത് ബ്ലക്ക് എന്ന് പറഞ്ഞിട്ട് ഗംഗയിലേക്ക് അങ്ങനെ ചാടി അത് ഗംഗാജലത്തിൽ അങ്ങനെ വീണതും ഇനി തിരിച്ചു കിട്ടുവോ ഇനി ആ മത്സ്യത്തിനെ പിടിക്കാൻ പറ്റുമോ ഈ കുടത്തിനുള്ളിലുള്ള കൊച്ചു മത്സ്യം ചാടാൻ ശ്രമിച്ച് ചാടി ചാടി ചാടി അവസാനം ഗംഗാജലത്തിലേക്ക് വീണു ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത് കണ്ടതും ശ്രീരാമകൃഷ്ണ അങ്ങനെ സമാധിസ്ഥനായി ഗംഗാ തീരത്ത് നിന്നുപോയി ഒരു ജീവന്റെ ബ്രഹ്മാനുഭവം പോലെ അദ്ദേഹത്തിന് തോന്നിയത് ഒരു ജീവൻ ഈ കൊച്ചു ശരീരത്തിനകത്ത് ഇരുന്നുകൊണ്ട് അത് ചാടാൻ ശ്രമിക്കുന്നു അനന്തതയിലേക്ക് ചാടാൻ ശ്രമിക്കണം അനന്തതയിലേക്ക് അത് വീണ് കഴിഞ്ഞാലോ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതെ പോയി പോകും ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞതും ഉദ്ധവരെ തന മറന്നു ശരീരം മറന്നു തന്റെ മനസ്സ് മറന്നു തന്റെ വ്യക്തിത്വം മറന്നു അനന്തതയിൽ താൻ തീർന്നു സ്നേഹപ്രസര സംപ്ലുത സ്നേഹം എന്ന് പറയുന്ന ഭക്തി എന്ന് പറയുന്ന ഫ്ലഡില് താനങ്ങോട് മുഴുകിപ്പോയി മുങ്ങിപ്പോയി കുറച്ചുനേരം കഴിഞ്ഞ് ഉദ്ധവര് പിന്നെ കൃഷ്ണകഥ പറഞ്ഞു അല്പല്പം കൃഷ്ണനെ ആരും മനസ്സിലാക്കി ഒരു സ്ഥിതപ്രജ്ഞനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ അർജുനൻ ചോദിച്ചുവല്ലോ സ്ഥിതപ്രജ്ഞസ്യൊക്കെ ആ ഭാഷ പുറമേക്ക് കണ്ടാലോ മനസ്സിലാവില്ല അതേപോലെ കൃഷ്ണനുള്ളപ്പോ തന്നെ ഉദ്ധവര് പറയാണ് നാട്ടുകാര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോട്ടെ ഒരു ജരാസന്ധൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദുഃഖമില്ല ഒരു ശിശുപാലൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദുഃഖമില്ല കംസൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദുഃഖമില്ല പക്ഷേ ഈ കൂടെ ഉള്ള യാദവരുണ്ടല്ലോ അവരെ കുറിച്ച് ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് അവർ ഒട്ടും മനസ്സിലാക്കിയില്ല ഹരി മീനായിവ ഉടുപ്പം എന്നാണ് അതായത് ഒരു തടാകത്തിൽ ചന്ദ്രൻ പ്രതിബിംബിച്ച് കാണുമ്പോ തടാകത്തിലുള്ള മത്സ്യങ്ങളൊക്കെ വിചാരിച്ചു അത്രേ ഈ ചന്ദ്രനും ഞങ്ങളെപ്പോലെ ജലത്തിലുള്ള ഒരു ജീവിയാണെന്ന് വിചാരിച്ചു ആ ചന്ദ്രന്റെ കൂടെ കൂട്ടുകൂടാൻ അവർ ശ്രമിച്ചു അത്രേ വെള്ളത്തിൽ കാണുന്ന ചന്ദ്രന്റെ കൂടെ അതേപോലെ കൃഷ്ണൻ ഇവർക്ക് സർവ്വസുലഭനായി യാദവരുടെ കൂടെ കളിച്ചും വർത്തമാനം പറഞ്ഞും രസിച്ചും നടന്നപ്പോ യാദവർ കൃഷ്ണനെ തങ്ങളിൽ ഒരുവനായിട്ട് ഒരു യാദവ പയ്യനായിട്ട് തന്നെ കരുതി അഹോ അവരുടെ അവിദ്യയെക്കുറിച്ചും ദൗർഭാഗ്യത്തിനെക്കുറിച്ചും ഞാൻ എന്തു പറയട്ടെ എന്ന് ചോദിക്കുക ഉദ്ധവർ അപ്പോ യാദവര് ഇന്നത്തെ കാലത്താൽ അന്നും അങ്ങനെ തന്നെയെന്നാണ് അവർ മനസ്സിലാക്കിയില്ലേ ആ നവർ എന്താ സ്ഥിരപ്രജ്ഞസ്യൊക്കെ ആ ഭാഷ എങ്ങനെ മനസ്സിലാക്കും സ്ഥിരപ്രജ്ഞനെന്ന് ഭഗവാൻ അവതാരം എടുത്തു വന്നാലും ഇതേ ഗതി തന്നെ ജ്ഞാനികളുടെ ഗതിയും ഇതേ തന്നെ അവരടുത്തുണ്ടെങ്കിലും പ്രയോജനപ്പെടില്ല മനസ്സിലാക്കില്ല ശരിക്ക് അതിനെ റിസീവ് ചെയ്യാനുള്ള ശക്തിയില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമോ എവിടെയുള്ളവരാണെങ്കിലും എന്താ എത്ര അടുത്തുള്ളവരാണെങ്കിലും എന്താ രമണ മഹർഷിയുടെ അടുത്ത് ഉണ്ടായിരുന്ന പലരെ കുറിച്ചും ബഹുവിശേഷമായിട്ട് കഥകളുണ്ട് മഹർഷിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു അറ്റൻഡന്റ് വരുന്നവരൊക്കെ ചിതോറി അപ്പോൾ ഒരു അമ്മ മലയുടെ മുകളിൽ മഹർഷിയുള്ള കാലം മുതൽ അറിയുന്ന ഒരു സ്ത്രീ ദിവസം വന്ന് നമസ്കരിക്കും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കും അപ്പൊ ഈ ആള് ചീത്ത പറഞ്ഞോണ്ടേയിരിക്കും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്തിനു നമസ്കരിക്കണത് ദൂരത്ത് നമസ്കരിച്ചോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആ സ്ത്രീ ഒരിക്കൽ പറഞ്ഞു നമസ്കരിച്ച് എഴുന്നേറ്റൊരു പറഞ്ഞു പഴുത്ത മരത്തില് കൊഴുത്ത മുള്ളു നല്ല പഴുത്ത മരം പോലെ ജ്ഞാനി അതിന്റെ നടുവിൽ നല്ല കൊഴുത്ത് നിൽക്കുന്ന മുള്ളു പോലെ ഉണ്ട് എന്നാണ് ഓരോരുത്തർ അപ്പൊ അടുത്തിരുന്നാൽ പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല അടുത്തിരുന്നാൽ പോലും അൺലസ് യു ആർ റെഡി ടു റിസീവ് ദാറ്റ് വൈബ്രേഷൻ ആ മെച്യൂരിറ്റി പക്വതയില്ലെങ്കിൽ അടുത്തിരിക്കലോ ദൂരത്തിരിക്കലോ അല്ല മുഖ്യം ദൂരത്തിരുന്നാലും പോലും കൃഷ്ണന്റെ കാലത്തിൽ ജനിക്കാത്ത ഒരു മീരാവിന് കൃഷ്ണൻ അനുഭവമായിരുന്നു കൃഷ്ണകാലത്തിൽ ജനിക്കാത്ത ഒരു ചൈതന്യ മഹാപ്രഭുവിന് കൃഷ്ണൻ അനുഭവമായിരുന്നു കൃഷ്ണന്റെ കാലത്തിൽ ജനിക്കാത്ത എത്രയോ ഭക്തന്മാർക്ക് കൃഷ്ണൻ അനുഭവമായിരുന്നു നിറയെ മറിച്ച് അതേ സമയത്ത് മുൻപിലുണ്ടായിരുന്ന പലരും മനസ്സിലാക്കിയില്ല എന്നാണ് ഭാഗവതത്തിൽ ഇങ്ങനെ രണ്ടു മൂന്ന് ശ്ലോകം വരും അപ്പോ ആ ഉദ്ധവരോട് വിതുരർ ചോദിക്കുകയാണ് എനിക്ക് അങ്ങേ കണ്ടിട്ട് എന്തോ വൈശിഷ്ട്യം തോന്നുന്നു പഴയ ഉദ്ധവരാണെന്ന് തോന്നണില്ല മുമ്പ് തന്നെ ഉദ്ധവൻ സാത്വികനാണ് ശാന്തനാണ് ഭക്തനാണ് എല്ലാമാണ് പക്ഷെ ഇപ്പോ ഉദ്ധവരെ കാണുമ്പോൾ വിധുരർക്ക് ഒരു ചെറിയ ഒരു ദ്വാരത്തിലൂടെ കാണുന്ന പ്രതീതി ഒരു ചെറിയ വ്യക്തിയിലൂടെ അനന്തതയെ കാണുന്ന പ്രതീതി ഒരു കുമിളയിലൂടെ സമുദ്രത്തിനെ കാണുന്ന പ്രതീതി ഉദ്ധവർ തന്റെ മുമ്പിൽ ഒരു വ്യക്തിയായിട്ട് നിൽക്കണമെങ്കിലും ഉദ്ധവരെ കാണുമ്പോൾ വിധുരന് അങ്ങനെ ഒരു ശാന്തി അകമയ്ക്ക് ഒരു ബോധസ്ഫൂർത്തി ശാന്തി ഉദ്ധവരെ ആലിംഗനം ചെയ്തപ്പോ വിദുരർക്ക് ഹൃദയം നിറഞ്ഞ പ്രതീതി അപ്പോ വിധുരർ ചോദിക്കാണ് അവിടത്തേക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പുറമേക്ക് രൂപമൊന്നും മാറ്റാമില്ല പക്ഷെ എന്തോ പറ്റിയിട്ടുണ്ട് ശൈവസിദ്ധാന്തത്തിൽ ഒരു ഉദാഹരണം പറയും ആന പിഴുങ്ങിയ വിളാമ്പഴം എന്ന് പറയും വിളാരങ്ങൾ പഴമുണ്ട് അതിന് കവിധം കവിത്തജമ്പൂഫലസാര ഭക്ഷിതം ഈ കവിത്തം നമുക്ക് ഇവിടെ വളരെ വിരളമായിട്ട് കിട്ടാറുള്ളൂ നല്ല ബാള് പോലെ ഉണ്ടാവും നല്ല ഘനമായിട്ട് അതിന് പൊട്ടിച്ചാൽ അകത്ത് ജാം പോലെ അല്പം പുളി ഉണ്ടാവും ഈ വിളാമ്പഴം വിളാരങ്ങ ആന വിഴുങ്ങിയിട്ട് വിസർജനം ചെയ്താൽ പുറത്തു വരുമ്പോ അതേപോലെ ഉണ്ടാവും അത്ര അറിയില്ല ആന വിഴുങ്ങി വിസർജനം ചെയ്യുന്ന വിളാരങ്ങ പുറത്തു വരുമ്പോൾ അതേപോലെ വിഴുങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ പുറത്തേക്ക് വരും എന്നാണ് പക്ഷെ പൊട്ടിച്ചു നോക്കിയാൽ ഉള്ളിലുള്ള ഒക്കെ പോയിട്ടുണ്ടാവും ആ ഉള്ളിലുള്ള ജാമൊക്കെ ആനയുടെ വയറ്റിൽ എന്തോ പ്രോസസ് അതിനെയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും പുറമേക്ക് അതേപോലെ വരും അതേപോലെ ഒരു സദ്ഗുരുവിന്റെ സമ്പർക്കത്തിൽ സമ്പർക്കമുണ്ടായി ആത്മസാക്ഷാത്കാരം ഒരു ജീവൻ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ സമ്പർക്കം ഉണ്ടാവുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പുറമേക്ക് രൂപവും ഭാവവും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും ഉള്ളിലുള്ള വാസന ബോധോ നിർവാസനോ യസ് അകമയ്ക്കുള്ള വാസനയെ മുഴുവൻ അത് തെരട്ടിയെടുക്കുന്നു അകമയ്ക്കുള്ള ബോധസ്ഫൂർത്തി തെളിഞ്ഞു പ്രകാശിക്കുന്നു ഒരു കുംഭത്തിന്റെ ഉള്ളിൽ വെച്ച് വിളക്ക് പോലെ അകമയ്ക്ക് സ്വരൂപാനന്ദം പ്രകാശിക്കുന്നു അപ്പൊ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്നറിയാം അതുകൊണ്ടാണ് മഹാ സ്വാമി രാംദാസ് പറയും മഹാത്മാക്കളുടെ അടുത്ത് ഒരുപാട് കാലം അടുത്ത് താമസിക്കരുതെന്ന് എന്താന്ന് വെച്ചാൽ അവരിൽ കാണുന്ന ഈ അവ്യക്തമായ അനുഭൂതിയുടെ രസം നമ്മൾ ഒരുപാട് അടുത്ത് താമസിച്ചാൽ നമ്മൾ അവരുടെ ശരീരത്തിനെയും ചേഷ്ടകളെയും ഒക്കെ നോക്കാൻ തുടങ്ങും പർവ്വതവും സമുദ്രവും ഒക്കെ ദൂരത്തും നോക്കുമ്പോഴാണ് സൗന്ദര്യം അടുത്തുപോയി നോക്കുമ്പോഴോ ആ സമുദ്രത്തിലെ ഭയങ്കരതയൊക്കെ നമ്മളുടെ മുമ്പിൽ വരും അതേപോലെ ജ്ഞാനികളെ പോലും നമുക്ക് അടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശരീരത്തിന് നോക്കും ശരീരം എല്ലാവരുടെയും ഒരേപോലെ തന്നെ വ്യവഹാരങ്ങൾ എല്ലാവരുടെയും ഒരേപോലെ തന്നെ പക്ഷേ എന്തോ ഒന്നും ഉണ്ട് അത് നമുക്ക് ഒരു ഒരു ഡിസ്റ്റൻസിൽ കാണാൻ കഴിക്കും അതിന്റെ ഒരു മെജസ്റ്റി ഇവിടെ ഉദ്ധവർക്ക് വിതുരരിൽ എന്തോ വിതുരർക്ക് ഉദ്ധവരിൽ എന്തോ ഒരു മാറ്റം കണ്ടു ഭഗവാൻ ഉദ്ധവർക്ക് തത്വോപദേശം ചെയ്തിട്ട് ഭഗവാൻ തന്റെ ഭക്തന്മാരോട് പറഞ്ഞുവത്രേ ന ഉദ്ധവോ അണു അപി മന്യൂനഹ എന്നാണ് ഈ ഉദ്ധവൻ ഒരു അണു പോലും എന്നേക്കാളും കുറച്ചിലല്ല നമ്മൾ ഞാൻ വേറെയല്ല ഉദ്ധവൻ വേറെയല്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് ത്വം ചാഗവതേഷു അഹം ഭാഗവതത്തിൽ ഉദ്ധവരെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു ഭാഗവതന്മാര് ഞാൻ നീ ആണെന്നാണ് അപ്പോ അതായത് ഉദ്ധവന്റെ ഉള്ളിൽ ഒരു അഖണ്ഡമായ അനുഭൂതി രസം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിദൂരർക്ക് മനസ്സിലായി ഒരു ചെറിയ കുടത്തിനകത്ത് സമുദ്രത്തിനെ സംഗ്രഹിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ അപ്പൊ ഉദ്ധവരോട് വിതുരൻ ചോദിച്ചു അങ്ങേക്ക് എന്തുപറ്റി അപ്പൊ ഉദ്ധവര് പറഞ്ഞു വിതുരേ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ഭഗവാൻ എന്റെ മേലെ കരുണ ചെയ്തു ആ ഭഗവാൻ എന്നോട് പറഞ്ഞു ന തഥാമേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കരഹ എനിക്ക് ബ്രഹ്മാവിനോട് ഉദ്ധവാ തന്നോട് എത്ര കണ്ട് പ്രിയമുണ്ടോ അത്ര കണ്ട് എനിക്ക് ബ്രഹ്മാവനോട് പ്രിയമില്ല രുദ്രനോട് പ്രിയമില്ല ലക്ഷ്മിയോട് പ്രിയമില്ല എന്തിനു പറയുന്നു എനിക്ക് എന്നോട് തന്നെ അത്ര പ്രിയമില്ല അതുകൊണ്ട് തനിക്ക് ഞാൻ പരമാത്മതത്വം ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് ഏകാദശത്തിൽ യേതത് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം ആനന്ദ സമുദ്രത്തിനെ സംഭരിച്ച് ഭാഗവതനായ ഉദ്ധവർക്കായിക്കൊണ്ട് ഭഗവാൻ കൊടുത്തു എന്നാണ് സ്ഥിരപ്രജ്ഞ ലക്ഷണം ഉദ്ധവരിൽ കണ്ടു ഈ തത്വോപദേശം ശരിക്കും അങ്ങനെ ശ്രവണം ചെയ്തതുകൊണ്ട് ശ്രവണത്തിന്റെ ഫലമായിട്ട് തന്നെ ഉദ്ധവർക്ക് വസ്തു കിട്ടി അവസാനമാവുമ്പോൾ ഉദ്ധവർ പറയുന്നു സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് നിൽക്കുമോ നല്ല വേനലില് വെളിച്ചം അടിക്കുമ്പോ മഞ്ഞ് കാണുവോ അതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് അജ്ഞാനം മുഴുവൻ അകന്നിരിക്കുന്നു ആത്മാവാകുന്ന ദിവാകരൻ എന്റെ അകത്ത് പ്രകാശിക്കുന്നു അപ്പൊ ആ ഉദ്ധവനോട് വിദുരർ പറഞ്ഞു അങ്ങയ്ക്ക് കിട്ടിയത് അല്പം എനിക്കും തരൂ എനിക്കും ഉപദേശിച്ച് തരൂ ഞാനികൾ രണ്ടു വിധത്തിലുമുണ്ട് ഒരു വിധത്തിലുള്ളവർ ഉപദേശിക്കാൻ നിൽക്കും വേറെ ഒരു തരത്തിലുള്ളവര് അവർ ഈ ഏർപ്പാടിനൊന്നും നിൽക്കില്ല അവർ വിട്ടിട്ട് പോയി കിടക്കുന്നു പറഞ്ഞു അങ്ങയ്ക്ക് ഉപദേശിക്കാനുള്ള ചുമതല എനിക്കില്ല അങ്ങക്ക് ഉപദേശിക്കാനായിക്കൊണ്ട് എനിക്ക് എന്ത് തന്നു അത് മുഴുവൻ മൈത്രേയ മഹർഷിക്ക് കൊടുത്തിട്ടുണ്ട് മൈത്രേയൻ ഗംഗാതീരത്തിൽ ഇരിക്കുന്നു പോയി ചോദിച്ചു വാങ്ങിക്കൊള്ളാം ഇത്രയും പറഞ്ഞ് ഉദ്ധവര് അവിടുന്ന് പുറപ്പെട്ടു പോയത് പോയി അപ്പോഴാണ് വിതുരൻ സത്യാന്വേഷണം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ് ആ പ്രജ്ഞ ആ പ്രജ്ഞയെ സ്വായത്തമാക്കണമെങ്കിൽ ഈ കഥയൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അന്തരീക്ഷം ഉണ്ടാവണം ഈ ബ്രഹ്മവിദ്യയുടെ ഗാംഭീര്യം നമുക്ക് പിടികിട്ടണം ഒരു ശങ്കരൻ എട്ടു വയസ്സു കുട്ടി കാലടിയിൽ നിന്ന് നടന്ന് മധ്യപ്രദേശ് വരെ പോയി എന്തിനാന്ന് വെച്ചാൽ സ്ഥിരപ്രജ്ഞാഷ എന്ന് ചോദിക്കാനായിട്ട് വിജുരൻ ഹസ്തനാപുരത്തിലെ രാജ്യസിംഹാസനം ഉപേക്ഷിച്ച് നാട് മുഴുവൻ നടന്ന് ഹരിദ്വാരത്തിൽ ഗംഗാതീരത്തിൽ എത്തി എന്തിനുവേണ്ടി സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ ചോദിക്കാനായിട്ട് കൃഷ്ണന്റെ ജീവിതാവസാനം വരെ കൂടെ നടന്ന് പരിചരണം ചെയ്ത് നൂറ്റി ഇരുപതാമത്തെ വയസ്സ് വരെ ഉദ്ധവൻ കാത്തുകൊണ്ടിരുന്നു എന്തിനാ സ്ഥിതപ്രജ്ഞസ്യ കാ എന്ന് ചോദിക്കാനായിട്ട് ചോദിക്കുന്നത് ആൻസർ കിട്ടാനല്ല ആൻസർ ഷുഡ് കം ആസ് ആൻ എക്സ്പീരിയൻസ് ഇൻ യു അനുഭൂതിയായിട്ട് ഉത്തരം നമ്മളുടെ ഉള്ളിൽ വരണം അല്ലാതെ ഉത്തരം കിട്ടാനായിട്ടല്ല ഓരോരുത്തരും ഈ സത്യാന്വേഷണത്തിനായിക്കൊണ്ട് എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് വിധുരൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് മൈത്രേയ മഹർഷിയെ കാണാനായി ദ്വാര ഋഷഭക്കുറൂണേയം ആസീനമോധം ഛത്തോപൃത്യ അച്ഛത ഭാവശുദ്ധപ്രച്ച സൗശീഭിതൃപ്ത ഹരിദ്വാരത്തിൽ ഗംഗാതീരത്തിൽ ചെന്നിരുന്ന് മൈത്രേയനോട് വിതുരൻ ചോദിച്ച ചോദ്യമാണ് ഭഗവാനെ എനിക്ക് തത്വോപദേശം ചെയ്തു തരുന്നു ഞാൻ ഹസ്തനാപുരത്തിൽ രാജാക്കന്മാരെയൊക്കെ കണ്ടു അവരുടെ ജീവിതമൊക്കെ കണ്ട് കണ്ട് എനിക്ക് മടുത്തു എന്തു ജീവിതം സ്വർണം കൊണ്ടുള്ള കട്ടില് സ്വർണം കൊണ്ട് സിംഹാസനം സ്വർണപാത്രത്തില് ഭക്ഷണം വീശിക്കൊടുക്കാൻ ആളുകൾ വിളിച്ചാൽ ജോലി ചെയ്യാൻ ആളുകൾ എന്നിട്ട് ഒരു സമാധാനവും ഒരു ശാന്തിയില്ല തമ്മുത്തല്ലും രാഗവും ദ്വേഷവും കാലുഷ്യവും ഈ ജീവിതം കണ്ട് എനിക്ക് മടുത്തു തോന്നുന്നു ഈ ധനത്തിൽ എന്തുണ്ട് ഇവർക്ക് ഇത്രയധികം ധനം കിട്ടിയിട്ട് അവർക്ക് ഒരു സമാധാനവും അതുകൊണ്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു സംശയം തോന്നുന്നു സുഖായ കർമാണി കരോ തിലോകാം നഥൈ സുഖം വന്യതുപാരമം വന്ദേത ഭൂയഹ തഥയവ ദുഃഖം യഥത്ര യുക്തം ഭഗവാൻ വതിന്നാം സുഖം കിട്ടണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരും സുഖത്തിനു വേണ്ടിയാണ് ഇപ്പൊ പ്രഭാഷണം സുഖം കിട്ടുകയാണെങ്കിൽ ഇരിക്കും കുറച്ചുനേരം കഴിഞ്ഞ് സുഖം കിട്ടണില്ലെങ്കിലോ പോകാൻ തോന്നും എന്താ സുഖം വേണം ദുഃഖം വരാൻ പാടില്ല സുഖായ കർമാണി കറോത്തി ലോക നമ്മളുടെ ഇൻഹറിന്റ് ക്വസ്റ്റ് നമ്മളുടെ ഉള്ളിൽ നാച്ചുറലായിട്ട് ഒരു അന്വേഷണം സുഖം എവിടെ കിട്ടും ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മുതൽ തുടങ്ങി ഗർഭത്തിന് പുറത്തു വന്നപ്പോൾ കരഞ്ഞു എന്താ ആക്കുവ ആക്വാ ആക്കുവാ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ അത് പോയി എവിടെ എവിടെ എവിടെ തൽക്കാലത്തേക്ക് പാല് കുടിച്ചാൽ അല്പം സുഖം പിന്നെയും ദുഃഖം പിന്നെ കളിപ്പാട്ടം കിട്ടിയാൽ സുഖം പിന്നെ കുറച്ചു കഴിഞ്ഞാലോ അത് ബോറടിച്ചു പോയി എല്ലാം നേത്തി നേത്തി നേത്തി തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് ജോലി കിട്ടിയാൽ സുഖം അതെനിക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ ദുഃഖം പിന്നെ കല്യാണം കഴിച്ചാൽ സുഖം കല്യാണം സമാധാനം ഇല്ലാതായിത്തിരുന്നാൽ ദുഃഖം കുട്ടികളില്ലെങ്കിൽ ദുഃഖം കുട്ടികൾ ഉണ്ടായാൽ കുറച്ചു ദിവസത്തേക്ക് സുഖം പിന്നെ വേണ്ടി കിടന്നില്ല എന്നൊരു തോന്നല് ചിലപ്പോൾ എല്ലാത്തിലും ഈ ഒരു ക്വസ്റ്റാണ് അന്വേഷണം തുടർന്നുകൊണ്ടേരിക്കർമാണി ഈ സുഖം എവിടെ ഉണ്ട് പൂർണമായ ഒരു തൃപ്തി എവിടെ ഉണ്ട് ആ സുഖത്തിനെയാണ് മാനസികമായ സുഖമാണ് നമ്മൾ അന്വേഷിക്കണതേ അതിൽ അല്പം ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഭഗവാനിവിടെ പറയുന്നത് മാനസിക സുഖം എല്ലാം അശാശ്വതമാണ് വരികയും പോവുകയും ചെയ്യും മാനസികമല്ലാത്ത ഒരു സുഖമുണ്ട് അതിന് ചിത്സുഖം എന്നു പേര് മനസ്സിന്റെ അല്പപ്രവൃത്തി പോലും ഇല്ലാതെ ഏർപ്പെടുന്ന ഒരു സുഖം മനസ്സ് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആ സുഖം സ്വയം പൂർണ്ണമാണ് അതിനെയാണ് സ്ഥിത അതാണ് പ്രജ്ഞ എന്നുള്ള വാക്കുകൊണ്ടിവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഈശ്വരൻ വേറെയല്ല ഞാൻ വേറെയല്ല മത്പ്രാണനും പരനും ഒന്നെന്ന് ഉറപ്പവന് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായനമ്മ ഞാൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഭാവം പോയി ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഇല്ലാതായിട്ട് തീർന്നു അദ്വൈതത്തിനെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണം അദ്വൈതം എന്ന് വെച്ചാൽ ഞാൻ ഭഗവാനായി തീരലല്ല മറിച്ച് ഭഗവാനിൽ നിന്ന് അന്യമായി ഒരു ഞാൻ ഇല്ലാതായിട്ട് തീരലാണ് എന്നിൽ നിന്ന് അന്യമായൊരു ഭഗവാനില്ലാതായിട്ട് തീരലല്ല കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ഈ അഹങ്കാരൂപിയായി ഞാൻ ഇല്ലാതായാൽ അഖണ്ഡരൂപമായി അവശേഷിക്കുന്ന ഏതൊന്നും ഉണ്ടോ അത് തന്നെ പ്രജ്ഞ എന്ന് ഭഗവാനിവിടെ പറയുന്നു ചിത്സ്വരൂപം ചിദാനന്ദം ബ്രഹ്മാത്മനോഹോ ശോധിതയോ ഏകഭാവഗാഹിനി നിർവികൽപ്പാത്ത ചിൻമാത്രാവൃത്തിൽ ഡൌട്ട് ചിത്തവൃത്തികൾ രണ്ട് എന്നുള്ള അനുഭവമില്ലാത്ത പൂർണാനുഭവസ്ഥിതി അത് തന്നെ ഈശ്വര സാക്ഷാത്കാരം ഭഗവത് അനുഭവം എന്ന് പറയുന്നത് ഭക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ആ പരാഭക്തി സ്ഥിതി ആ പരാഭക്തിസ്ഥിതി അല്പമൊന്ന് ഹൃദയത്തിൽ അനുഭവിക്കുമ്പോ കുടിക്കേണ്ടിടത്തുനിന്ന് തീർത്ഥം കുടിച്ചു എന്നൊരു തോന്നൽ ബാക്കിയൊക്കെ കുടിക്കുമ്പോ ദാഹം വരണു രാമകൃഷ്ണ പരമവംശരെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നു ഒരിക്കൽ അവര് പരമഭക്തിയോടുകൂടെ രാമകൃഷ്ണദേവനോട് പറഞ്ഞു അങ്ങ് എന്നെ രക്ഷിക്കണം എനിക്ക് ഭഗവത് വിഷയമായിട്ട് രുചിയുണ്ട് നാമം ജപിക്കുന്നു ഭക്തി ചെയ്യുന്നു പക്ഷെ എന്റെ ഭർത്താവ് മഹാകുടിയനാണ് അദ്ദേഹം ഒരു വിധത്തിൽ എനിക്ക് വഴങ്ങി തരണില്ല ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും കപാ കാളി കാളിപാദ ഘോഷ് എന്നാണ് ആ മനുഷ്യന്റെ പേര് അപ്പൊ അയാൾ എങ്ങനെയെങ്കിലും നന്നാക്കണം അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു അവനെ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരു അപ്പൊ ഈ സ്ത്രീ ശ്രമിച്ചു നോക്കി ഒന്നും പറ്റിയില്ല അയാൾ വഴങ്ങുന്നില്ല അപ്പോ രാമകൃഷ്ണദേവൻ ഈ സ്ത്രീക്ക് ഒരു നാമം കൊടുത്തിട്ട് നീ തപസ് ചെയ്ത് വേണം അവൻ നന്നാവൻ എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് ജപം ചെയ്യാൻ മന്ത്രം കൊടുത്തു കുറെ വർഷങ്ങൾ ഈ അമ്മ ജപം ചെയ്തു പത്തു പന്ത്രണ്ട് വർഷത്തോളം ആ അമ്മയ്ക്ക് നല്ല സമാധാനമായി ഒരിക്കൽ കാളിപാദഘോഷ് രാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് വന്നു നല്ല മുഴുക്കുടിയനാണ് രാമകൃഷ്ണ പരമഹംസരെ കാണാൻ വന്നപ്പോ രാമകൃഷ്ണദേവൻ ആരോ പാട്ടുപാടുന്നു കീർത്തനം പാടുന്നു രാമകൃഷ്ണദേവൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക ആ ഒരു ഭക്തിയിട ലീരം അപ്പൊ ഇയാള് സൂക്ഷിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കിയോ ഇതും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഇതും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് എന്നാലും ഇങ്ങനെ ആടുന്നുവല്ലോ എന്ന് അദ്ദേഹത്തിനൊരു സംശയം നിക്കണില്ല കാല് നിലത്തുറയ്ക്കണില്ല നമ്മൾ കുടിക്കുന്ന ചരക്കൊന്നും കുറെ കഴിയുമ്പോ എഫക്ട് ഇല്ലാതാവുള്ളൂ ഇദ്ദേഹത്തിന് ഇതിപ്പോ എങ്ങനെയാണ് എവിടുന്നാ കിട്ടിയതാണ് അത്ര കണ്ടു മടയണമായിരുന്നു അപ്പൊ ആളുകളൊക്കെ ഒന്ന് കൂ ഒരു പത്ത് പതിനഞ്ചാളുകൾ ഉണ്ടായിരുന്നവരൊക്കെ പോയപ്പോ രാമകൃഷ്ണദേവനോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നാ സാധനം കിട്ടുന്നത് ഫോറിൻ ആണോ ഇന്ത്യൻ ആണോ അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു നല്ല നാടൻ സാധനമാണ് ഒരൊറ്റ പ്രാവശ്യം കുടിച്ചാ മതി ജീവിതം മുഴുവൻ ലഹരി ഉണ്ടാവും വേണോ രണ്ടാമത് കുടിക്കേണ്ടി വരില്ല ഒരേ ഒരു പ്രാവശ്യം കുടിച്ചാൽ പോലും ജീവിതം മുഴുവൻ അതിന്റെ ഇന്റോക്സിക്കേഷൻ ലഹരി ഉണ്ടാവും പതുക്കെ പതുക്കെ ഈ കാളിബാദോഷ് ശ്രീരാമകൃഷ്ണ പരമവംസരുടെ ഭക്തന്മാരിൽ ഒരാളായിട്ട് തീർന്നു അപ്പൊ എന്തിനു ഇത് ഒരിക്കൽ ആസ്വദിച്ചാൽ ഈ രസം പിന്നീട് അത് വിട്ടുപോവാത്തതായിട്ടുള്ള സുഖം ആന്തരികമായ സുഖം ബാക്കിയുള്ളതൊക്കെ ആസ്വദിക്കും തോറും ലോകത്തിൽ എത്ര വിശിഷ്ടമായ സുഖങ്ങൾ നമ്മൾ പറഞ്ഞാലും അതൊക്കെ തന്നെ കുറെ കഴിയുമ്പോൾ ആസ്വദിക്കും തോറും മനസ്സുകൊണ്ട് ആസ്വദിക്കുന്നതിനൊക്കെ തന്നെ വിരസതയുണ്ട് കുറച്ചു കഴിയുമ്പോൾ വിരസത വരും പക്ഷേ ഈ സുഖം അകമയ്ക്ക് ഏർപ്പെടുന്ന ഈ ആനന്ദം ഈ ആനന്ദം എത്ര അനുഭവിച്ചാലും തൃപ്തി വരികയുമില്ല സ്വാദുസ്വാദു പതേ ചർവിത ചർവണം എന്നുള്ള അനുഭവം സ്വാദുസ്വാദു അതാണ് പിബത ഭാഗവതം പിപത ഭാഗവതം പിപത ഭാഗവതം രസം എത്ര വേണമെങ്കിൽ കുടിക്കാം ആലയം പിബത മുഹുറഹോ പിബത ഭൂവി ഭാവുക്കാഹാ പിബത് എത്ര വേണെങ്കിൽ കുടിച്ചോടുക എന്നാണ് തൃപ്തി വരാത്ത ഒരു രസം അത് എവിടെ നിന്ന് പുറത്ത് ആരെയും ആശ്രയിക്കേണ്ട തന്നിൽ തന്നെ തന്റെ ഹൃദയത്തിൽ തന്നെ രസോ സഹ ഭഗവാന്റെ സ്വരൂപമേ എന്താണ് രസസ്വരൂപനാണ് രസം അഗമൈക് ഭഗവാ അഗമേ കാണുമ്പോ ജ്ഞാനസം മുനി വേദ്യരസംഗവിനാശന ദിവ്യസം യോഗിഗണാധൃത ഭാവരസം ശിവമാകലയേ നിജ ബോധരസം നിത്യാ നിത്യസുഖമാണ നിത്യരസമാണിതി സങ്കരസം ഭംഗരസം ശിവമാകലയെ നിജബോധരസം രസസ്വരൂപനാണ് ഭഗവാൻ ആ രസം അകമേക്ക് അനുഭവിക്കുമ്പോ ആത്മന്യേവ ആത്മനാതുഷ്ട തന്നിൽ താനായി ആനന്ദം കണ്ടെത്തുന്നു ആ ആനന്ദം ഒന്നു മാത്രമേ നമുക്ക് പൂർണ്ണമായൊരു തൃപ്തി തരാൻ പര്യാപ്തമായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എത്ര അനുഭവിച്ചാലും പൂർണ്ണ ഒരു തൃപ്തി ഉണ്ടാവാൻ പോണില്ല തൽക്കാലത്തേക്ക് ഉണ്ടാവും പിന്നെയും ദാഹിക്കും തൽക്കാലത്തേക്ക് വിശപ്പ് മാറും പിന്നെയും വിശക്കും ഈ ഒരു അനുഭവം അകമയ്ക്കുണ്ടായാൽ പരിപൂർണമായ തൃപ്തി അതിനെ ബ്രാഹ്മിസ്ഥിതി സ്ഥിതപ്രജ്ഞത്വം എന്ന് ഭഗവാൻ പറയുന്നു ആ സ്ഥിതിയിലിരിക്കുമ്പോ പുറമേക്കുള്ള ദുഃഖസുഖങ്ങളുടെ അലയടിക്കൽ ഒന്നും ഇയാളെ ബാധിക്കണില്ല യാതൊന്നും ഇയാളെ സ്പർശിക്കണില്ല ആ വിഷയം തന്നെ तुर् भगवा पर अ्लोक नौका यस्नेह ताप्यशुभाशुभ नाभिनंद न्वे तज्ञा प्रतिष्ठिता യഹ യാതൊരുവൻ സർവത്ര എന്നുവച്ചാൽ തന്റെ മനസ്സ് എവിടെയൊക്കെ ചെന്ന് പറ്റിക്കൂടുന്നുണ്ടോ അവിടെയൊക്കെ അനഭിസ്നേഹ അഭിസ്നേഹവർജിത സ്നേഹം എന്നുവെച്ചാൽ ഇവിടെ അറ്റാച്ച്മെന്റ് എന്നർത്ഥം ഒട്ടിപ്പിടിക്കൽ സർവത്ര അനഭിസ്നേഹ യാതൊന്നിനോടും പ്രത്യേകതയില്ല എന്നർത്ഥം നമുക്ക് എന്തിനോടൊക്കെ പ്രത്യേകതയുണ്ടോ നമ്മളുടെ മനസ്സ് അതിനെയൊക്കെ അനുസ്യൂതം ചിന്തിച്ചുകൊണ്ടിരിക്കും അത് മനസ്സിന്റെ സ്വഭാവമാണ് നമുക്ക് ഇപ്പൊ ഇതിനിടയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ കാണിച്ചു തന്നിട്ട് അദ്ദേഹം എന്തോ ഒരു പ്രത്യേക വ്യക്തിയാണെന്ന് പറഞ്ഞാൽ മതി പിന്നെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കും അവര് ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല നമ്മളുടെ അടുത്ത് തന്നെ ദിവസം ഇരിക്കണ ഒരാളായിരിക്കും ആരോ ഒരാൾ പറഞ്ഞു അദ്ദേഹം കളക്ടറാണെന്ന് പറഞ്ഞാൽ പിന്നെ ദിവസം ഇടക്കിടയ്ക്ക് നോക്കി കുറച്ച് കുറച്ച് നീങ്ങിയിരിക്കും പിന്നെ ഈ പകുതി പ്രസംഗവും കേൾക്കാൻ പറ്റുക എന്താ മനസ്സിന് സ്പെഷ്യാലിറ്റി എവിടെയെങ്കിലും അതാണ് സങ്കല്പം ഉണ്ടായാൽ സങ്കല്പത്തിനു പുറകിൽ വരും സങ്കല്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമാജിനേഷൻ അല്ല ഒരു പ്രത്യേക നിശ്ചയം ഒരു നിശ്ചയം എന്തിനെങ്കിലും ഉണ്ടായാൽ പ്രത്യേകത എവിടെയെങ്കിലും ഒരിടത്ത് പ്രത്യേകത വന്നാൽ അതിനെ ചിന്തിച്ചു മനസ്സ് അത് സദാ ചിന്തിക്കും അതിനെക്കുറിച്ച് അപ്പോ അത്തരത്തിൽ ഒരു ഒരിടത്തും പറ്റിക്കൂടുന്നില്ല എന്നാണ് സർവ്വത്ര അനഭിസ്നേഹ ഒരിടത്തും പ്രത്യേകത സ്പെഷ്യാലിറ്റി ഇല്ല തത്തപ്രാപ്തി അപ്പൊ അങ്ങനെയുള്ള ആള് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കുന്നു ശുഭം നല്ലത് വരുമ്പോൾ അത് സ്വീകരിക്കും ചീത്ത വന്നാൽ അതും സ്വീകരിക്കും അയാൾക്ക് ഒന്നിനോടും വെറുപ്പോ ദ്വേഷമോ ആസക്തിയോ ഇല്ല ഒരു ജമീന്താർ ഒരു വലിയ ചെട്ടിയാർ വലിയ പണക്കാരനാണ് അദ്ദേഹം പരമഭക്തനുമാണ് അദ്ദേഹം തമിഴിലുള്ള വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ആൾ അദ്ദേഹം ദിവസം ആരെങ്കിലും സാധുക്കളെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവത്ഗീത പാരായണം ചെയ്യിപ്പിക്കും പലരോടും അദ്ദേഹം പ്രത്യേകിച്ച് വേദാന്ത വിഷയങ്ങളായ സംശയം ചോദിക്കും അവരുത്തരം പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തിനായിട്ട് ഒരു ഗുരുവുണ്ട് ആ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അദ്ദേഹം ധാരാളം പണവും ഉണ്ട് അതുകൊണ്ട് ഈ സാധുക്കളെ നല്ലവണ്ണം പരിചരിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കായിട്ട് സ്വർണം കൊണ്ട് ഒരു തളിക ഉണ്ടാക്കിയിട്ടുണ്ട് ആ തളികയിലാണ് അവർക്ക് ആഹാരം കൊടുക്കുക അദ്ദേഹം എല്ലാവരുടെയും കൂടെ ഇരുന്ന് ധാരാളം ഭക്തന്മാർ കൂടെ ഇരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും ഇങ്ങനെ ദിവസം ഗീതാപാരായൺ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിച്ചു വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ് ജ്ഞാനം എന്ന് വച്ചാൽ എന്താണ് അപ്പൊ ഗുരു എക്സ്പ്ലനേഷൻ ആർക്കു വേണമെങ്കിലും കൊടുക്കാം അല്ലേ അപ്പൊ ആ ഗുരു പറഞ്ഞു കുറച്ചു ദൂരത്ത് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് ആ സ്ഥലത്ത് ഒരു തടാകത്തിന്റെ തീരത്ത് ഒരു സന്യാസി ഇരിക്കുന്നുണ്ട് ആ സന്യാസിയെ നാളെ ഭിക്ഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ടുവരും അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു അദ്ദേഹം ആദ്യം ഞാൻ എവിടെയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടു വന്ന് ഭിക്ഷയ്ക്കായിട്ട് ഇരുത്തി ഭിക്ഷയ്ക്കായിട്ട് ഈ സ്വർണത്തളിക മുമ്പിൽ വെച്ചപ്പോ അദ്ദേഹം വളരെയധികം വിഷമിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ സന്യാസികൾ സ്വർണം സ്പർശിക്കാനേ പാടില്ല അതുകൊണ്ട് ഈ സ്വർണപാത്രത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എനിക്ക് വെറും ഇലയിലെ ഭക്ഷണം തരാൻ പാടുള്ളൂ എല വെച്ചു കൊടുത്തു ഇല വെച്ചു കൊടുത്തപ്പോൾ വിവിധ ഭക്ഷണം പദാർത്ഥങ്ങൾ അതിൽ വിളമ്പി ഇതൊക്കെ കൂടെ അദ്ദേഹം കൂട്ടിക്കുഴച്ചു കൂട്ടിക്കൊഴച്ച് ഭക്ഷിച്ചിട്ട് ഈ വീട്ടുകാരനോട് പറയാൻ പോലും നിൽക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോ ഈ ഗുരു പറഞ്ഞു ഇതാണ് വൈരാഗ്യം അപ്പൊ ഇയാൾ ജ്ഞാനിയാണോ അത് പറയാനായിട്ടില്ല വേറെ ഒരു സന്യാസിയുടെ പേര് പറഞ്ഞുകൊടുത്തു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അദ്ദേഹത്തിനെ ഇദ്ദേഹം വിളിച്ചോണ്ട് വന്നു ആ സന്യാസിയും സ്വാമിയും എല്ലാവരുടെയും കൂടെ ഭിക്ഷയ്ക്കായിട്ട് ഇരുത്തി സ്വർണ്ണ ആഹാരം കൊടുത്തു എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു അദ്ദേഹവും ചെറിയ കുട്ടിയെ പോലെ എല്ലാവരുടെ അടുത്തും വളരെയധികം ഒരു സംഘമില്ലാതെ ഒരു കുട്ടിയെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാത്മ എല്ലാവരുടെ കൂടെ ഊണ് കഴിക്കാൻ അദ്ദേഹം ഇരുന്നു എല്ലാവരുടെ കൂടെയും ഭിക്ഷയ്ക്കിരുന്നു എല്ലാവർക്കും ഇലയിൽ ഭക്ഷണം കൊടുത്തു ഇദ്ദേഹത്തിന് സ്വർണ്ണ കൊടുത്തു ഇദ്ദേഹം വേണ്ടാന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇദ്ദേഹത്തിന് പെരുമാറി കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളും ഭക്ഷണം കഴിക്കും പറഞ്ഞു അവര് ഈ ഭക്തന്മാർക്കൊക്കെ പെരുമാറി അവരും ഭക്ഷണം കഴിക്കാൻ പോയി അദ്ദേഹം ഊണ് കഴിച്ചപ്പോ എന്തായി ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഊണ് കഴിച്ചവരൊക്കെ ഇലയെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി കുഴിയിൽ കൊണ്ടുപോയി കളയുന്നുണ്ട് ഇദ്ദേഹം ആ സ്വർണ്ണത്തളികയും ഒക്കെ കൂടെ പരട്ടിയെടുത്ത് അദ്ദേഹവും കുഴിയിൽ കൊണ്ടിട്ടിട്ട് പോയി സ്വസ്ഥമായിട്ട് വന്നിരുന്നു അപ്പൊ ഈ ജമീന്ദാർ വന്ന് നോക്കണു സ്വർണ്ണത്തളിക കാണാനില്ല എവിടെയെന്ന് ചോദിച്ചപ്പോ ആരോ പറഞ്ഞു ആ സ്വാമി എന്താ തലയ്ക്ക് വല്ല സൂക്കടാണോന്ന് അറിഞ്ഞില്ല ഈ സ്വർണ അവിടെ കൊണ്ട് വിട്ടു സ്വാമിയോട് ചോദിച്ചു എന്താ സ്വാമി എങ്ങനെ സ്വാമി പറഞ്ഞല്ല അവരൊക്കെ ഊണ് കഴിച്ചിട്ടൊക്കെ കൊണ്ട് കളയണത് കണ്ടു അപ്പൊ ഞാനും കൊണ്ട് കളഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തു അത്രേ സ്വർണ്ണമാണോ സമലോഷ്ട അശ്മാഞ്ചന അദ്ദേഹത്തിന് സ്വർണമാണോ ഇലയാണോ ഒന്നും ഭേദമില്ല ഇലയിൽ കൊടുത്തതും എല്ലാരും കൊണ്ട് കളഞ്ഞ പോലെ സ്വർണ കൊണ്ട് കളഞ്ഞു ഇത് ജ്ഞാനമാണെന്ന് സർവത്ര സമ ഒന്നിനോടും പ്രത്യേകതയില്ല എന്നർത്ഥം സ്വർണ്ണമാണോ ഇലയാണോ നല്ലതാണോ ചെയ്ത് യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തത് കൊണ്ട് മനസ്സ് ഒന്നിനോടും പ്രത്യേകമായി സ്പെഷ്യലായിട്ട് ചെന്ന് പറ്റിക്കൊടുക്കുന്നില്ല അത് വേണ്ടാന്നും പറഞ്ഞില്ല ജ്ഞാനസ്ഥിതിയിൽ അവർക്ക് ശുഭം വന്നാലും അശുഭം വന്നാലും ബാധിക്കപ്പെടുന്നില്ല ജനകൻ അതിനുദാഹരണമായിരുന്നു സ്വർണം മയം അദ്ദേഹത്തിന് വിദേഹ നഗരം എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നിനോടും പറ്റില്ല ദിവസം അഷ്ട ആജ്ഞവൽക്യന്റെ അഷ്ടാവക്രന്റെ ആശ്രമത്തിൽ ചെന്ന് ജനകൻ അഷ്ടാവക്രൻ പറയുന്ന വേദാന്തമൊക്കെ കേൾക്കാൻ പോകുമോ അത്രേ അഷ്ടാവക്രൻ ജനകൻ വന്നാൽ എഴുന്നേറ്റ് നിന്നും സ്വീകരിക്കും അപ്പൊ അഷ്ടാവക്രന്റെ ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു നമ്മുടെ ഗുരുവും ഈ രാജ വരുമ്പോ ഒരു വി ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് ഈ സ്പെഷ്യാലിറ്റി അപ്പോ ജനകന്റെ മഹിമ ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് തീരുമാനിച്ചു ഒരു ദിവസം അഷ്ടാവക്രൻ തന്റെ യോഗവൈഭവം കൊണ്ട് മിഥിലയിൽ മുഴുവൻ തീ പിടിച്ച പോലെ ഒരു ഉണ്ടാക്കി ആളുകളങ്ങനെ ഫലവശത്തേക്ക് ഓടുകയാണ് ഇദ്ദേഹം വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനകൻ കേട്ടുകൊണ്ടിരിക്കുന്നു ജനകന്റെ ശിഷ്യന്മാരും കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒരു ന്യൂസ് വന്നത് പോലെ എല്ലായിടത്തും തീ ജനകന്റെ ശിഷ്യന്മാർ നാലഞ്ചു പേർ അവിടെ നിൽക്കുന്നു അവരൊക്കെ വെപ്രാളമായി എഴുന്നേറ്റ് ഓടി ജനകൻ ഒരു ചലനമില്ലാതിരിക്കുന്നു അന്ധപുരമൊക്കെ തീ പിടിച്ചരിയാണ് അന്ധപുരത്തിൽ തീ എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചലിച്ചില്ല അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാരൊക്കെ അവിടെ പോയിട്ട് വന്നു വന്നിരുന്നു ഇരുന്നപ്പൊ ജനകനോട് അഷ്ടാവക്രൻ ചോദിച്ചു അങ്ങെന്തേ എഴുന്നേക്കാത്തത് ഇപ്പൊ ജനകൻ പറഞ്ഞു മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചിത് പ്രണശതി അനന്തം ബതമേ വിത്തം യെമേ നാസ്തി അവരവർക്ക് എവിടെ വിത്തമുണ്ടോ അവരവരുടെ മനസ്സ് അവിടെ ഉണ്ടാവും നമ്മുടെ ട്രഷർ എവിടെയാണോ അവിടെ നമ്മുടെ മനസ്സുണ്ടാവും അല്ലെ പാക്കറ്റിലാണെങ്കിലോ സത്സംഗത്തിലേക്കിലാണെങ്കിൽ അടുത്ത ആളെ ഇടക്കിടയ്ക്ക് നോക്കിക്കോളും പാക്കറ്റിൽ കൈവെച്ചോളും ജനകൻ പറയു എന്റെ വിത്തം ഹൃദയത്തിലാണ് അതാർക്കും മോഷ്ടിക്കാൻ പറ്റില്ല ജ്ഞാനമാകുന്ന ധനം മിഥിലാപുരി മാത്രമല്ല എന്റെ ശരീരമേ ദഹിച്ചു പോയാലും നമേകിഞ്ചിത് പ്രണശതി അപ്പൊ ഈ ശിഷ്യന്മാരുണ്ടല്ലോ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാപ്പോ ഓടി രാജാവ് ഓടിയാൽ അർത്ഥമുണ്ട് നല്ലതും ഉണ്ട് അയാൾക്ക് എരിഞ്ഞു പോവാൻ നിങ്ങളിപ്പോ എന്തിനാ ഓടിയത് ചോദിച്ചല്ല രണ്ട് കൗപീനം അവിടെ ഉണക്കാനിട്ടുണ്ടായിരുന്നു അതെവിടെങ്കിലുമൊക്കെ തീ പിടിച്ചു പോയാലോ അപ്പോഴാണ് ഇത്ര അഷ്ടാവക്രം പറഞ്ഞത് അകിഞ്ചനത്വം മഹാസ്വാസ്ഥ്യം കൗപീനത്വേ പി ദുർലഭം ആർക്ക് ഞാൻ അകിഞ്ചനനാണെന്നുള്ള ഭാവമുണ്ടോ അവന് മഹാസ്വസ്ഥത ഒരു കൗപീനമെങ്കിലും എന്റെ എന്ന് ധരിച്ചാൽ പോലും സമാധാനം ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല അപ്പൊ മമത ഏതിലും വരാം മമത ഏതിലും വരാതിരിക്കുകയും ചെയ്യാം ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മമത വന്നുപോകും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ മമത വന്നു പോകും വലിയ വലിയ കാര്യങ്ങൾ മമത വരാതിരിക്കുകയും ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നുകൂടുകയും ചെയ്യാം ഇവിടെ സർവത്ര അനഭിസ്നേഹം തത്തപ്രാപ്യ ശുഭാശുഭം ശുഭമായ എന്തെങ്കിലും വന്നാൽ ഓർ അശുഭമായി എന്തെങ്കിലും നടന്നാലും ശരി ശുഭാശുഭം ന അഭിനന്ദതി ഒന്നും വരുമ്പോ അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത് നദ്വേഷ്ഠി എന്തെങ്കിലും വിപരീതമായി സംഭവിച്ചാലോ അയ്യോ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ആര് സമസ്ഥിതിയിലിരിക്കുന്നുവോ സസ്യപ്രജ്ഞാപ്രതിഷ്ഠിത കൃഷ്ണൻ തന്നെ ഇതിന് ഉദാഹരണം കൃഷ്ണന്റെ ജീവിതം മുഴുവൻ പരീക്ഷിച്ചു നോക്കും ശുഭമാണെങ്കിലും ശരി അശുഭമാണെങ്കിലും ശരി ആ സമത്വത്തിന് ഒരു ചലനമില്ല ൊണ്ടുവന്ന തന്റെ ആളുകൾ തന്നെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് തമ്മിലടിച്ചു മരിക്കുമ്പോഴും ഭഗവാൻ ചിരിച്ചു എന്നാണ് നന്നായിരുന്നു ചിരിച്ചു ഭഗവാൻ ഒപ്പൊ പറയാണ് ഉദ്ധവരോട് ഉദ്ധവരെ ഇവരൊക്കെ തമ്മിലടിച്ചു മരിക്കണോ എന്ത് ചെയ്യാനൊക്കെ കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈത അവം തത് അനുദം മനസാധ്യാതമേവച് ഈ കാണപ്പെടുന്ന ദ്വൈതത്തിൽ എന്ത് നന്മ എന്ത് തിന്മ ഇത് കാണുന്നത് മുഴുവൻ പച്ചക്കള്ളം ഇത് അല്പം ഒരു ഡ്രോപ്പ് വെള്ളം പോലുമില്ലാതെ മരുഭൂമിയിൽ സമുദ്രം കാണുന്ന പോലെ കാണപ്പെടുക ഇവിടെ ഏകവും അദ്വയവുമായ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ ആ സത്യത്തിൽ നിഷ്ഠവെന്നവന് സർവത്ര അനഭിസ്നേഹ തത്തപ്രാപ്യ ശുഭാശുഭം അഭിനന്ദതി ശുഭമായിട്ട് വരുമ്പോ വളരെ സന്തോഷിക്കുന്നുമില്ല നദ്വേഷ്ഠി അശുഭം ഉണ്ടാവുമ്പോൾ അത് കണ്ട് വെറുക്കുകയോ വിഷമിക്കണമില്ല തസ്യപ്രജ്ഞാപ്രതിഷ്ഠിത ഇതിൽ അല്പം നമ്മള് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അല്പം എടുത്ത് ഒന്ന് ഓർമ്മ വച്ചാൽ മതി പക്ഷെ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ റിട്ടയർ ആവാൻ ഒരു സെന്റർ കണ്ടുപിടിക്കാം എന്നാലേ പറ്റുള്ളൂ എന്നാലേ ശരിയാവുള്ളൂ ഇതാണ് അന്തർമുഖതയാൻ ബഹിർവൃത്തിപരോപിസങ്ങൾ വ്യവഹാരം ചെയ്യുമ്പോഴും ഒരു അന്തർമുഖത ശീലിക്കണം പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ ദൃഷ്ടി അന്തർമുഖമാക്കിക്കൊണ്ടേരിക്കണം അന്തർമുഖമാക്കാന്ന് വെച്ചാൽ തത്വോചാരം ചെയ്യണം ഞാൻ ആരാണ് ഞാൻ എന്തിനു വന്നു എന്റെ ജീവിതത്തിന് എന്താണ് പ്രയോജനം ഇവിടെ ജനിച്ചിരിക്കണു കുറെ കാലം ഇങ്ങനെ ജീവിച്ചു ഉനാവറങ്ങ ഉനാവറങ്ങ ഉനാവറങ്ങൗ സാ ശിശി വസന്തരാ തദമിന മുഞ്ചീ വായുഹോ ഭജഗോവിന്ദം രാവും പകലും മാറി മാറി വരുന്നു ശിശിരവസന്തൗ പുനരായ ഇതിന്റെ ഒരു എക്സ്പാൻഷനാണ് പൂന്താനം പറഞ്ഞത് അപ്പൊ വിഷു വരുന്നു ഈ ഓണം വരുന്നു ഉണ്ണിയുടെ പിറന്നാൾ വരുന്നു പായസം വെക്കണം ശാപ്പാട് കഴിക്കണം എത്ര ശാപ്പാട് കഴിച്ചു അല്ലെ എത്ര ശാപ്പാട് കഴിച്ചു എത്ര കല്യാണം കഴിഞ്ഞു എത്ര കുട്ടികളുടെ ചോറൂണ് കഴിഞ്ഞു എന്നിട്ടും നമ്മളുടെ പ്രശ്നം അതേപോലെ നിൽക്കണമെന്നാണ് ചുട്ടു തിന്നുന്നു പാവം ശിവ ശിവ ജീവിതം ഇങ്ങനെ ചുട്ടു തിന്നണമെന്നാണ് ഇങ്ങനെ ജീവിതം ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ഒഴുകിക്കൊണ്ടേയിരിക്കണം ആശ എന്ന് പറഞ്ഞല്ലോ ഭർതൃഹരി മനോഹരമായ ഒരു ശ്ലോകം പറയണം ഈ ആശ എന്നുള്ളത് ഒരു നദി അത്ര ആശാനാമനദി മനോരഥ ജലാം राग രാഗ്രാഹവത്ത വിത വിഹഗദ്രുമധ്വംസി മോഹാവർത്തസു ദുസ്തരാ അതിഗഹന പുറോത്തുംഗചിന് തടീ താ പാരഗതാ വിശുദ്ധമനസ നന്ദി യോഗീശ്വരാ ആശാ എന്ന് പറയണു ഒരു നദി നമ്മളുടെ നദികളൊക്കെ വറ്റിപ്പോയെങ്കിലും ആ ഒരു നദി മാത്രം ഫ്ലഡായിക്കൊണ്ടേയിരിക്കണം പുറമേക്കുള്ള നദിയൊക്കെ വറ്റിപ്പോയിരിക്കണമെങ്കിലും ആ ഒരു നദി ഫ്ലഡായിക്കൊണ്ടേയിരിക്കണമെന്നാണ് മനോരഥ ജല അതിൽ ജലം എന്താ മനോരഥം അത് വളർത്തിക്കൊണ്ടേയിരിക്കണമല്ലോ നമ്മൾ അല്ലെ നമ്മളുടേതായ കൊണ്ടുവന്ന ഒരു ആശയം ഉണ്ടാകും പിന്നെ ടി വിയിലുള്ള അഡ്വർടൈസ്മെന്റും കണ്ടിട്ട് മനോരഥ ജല അലയടിക്കണു തൃഷ്ണ തൃഷ്ണ എന്ന് വെച്ചാൽ വേണം ഇത് വേണം അത് അലയിടിക്കുന്നു തരംഗാകുല സമാധാനമായിട്ട് ഇരിക്കുന്നതിന് പകരം ഉള്ളില് വെറുതെ ചൊറിച്ചല് കൃഷ്ണ തരംഗാകുല ഒരു നദിയിൽ മുതലകള് ചീങ്കണ്ണികളൊക്കെ ഉള്ള പോലെ രാഗഗ്രാഹവതി അറ്റാച്ച്മെന്റ് ആവുന്ന മുതല അത് പിടിക്കും കാലിൽ അതാണ് ഗജേന്ദ്രനെയൊക്കെ പിടിച്ചത് എന്നാ പിന്നെ വല്ല സത്സംഗവും ഒക്കെ കേട്ട് വല്ല സമാധാനം ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇത്തിരി സമാധാനം ഉണ്ടാവട്ടെ ഈ രോഗത്തിന് വന്ന് സത്സംഗത്തിൽ വന്നിരുന്നാൽ ഇത്തിരി കേൾക്കുമ്പോഴേക്കും ഒരു ആയിരം സംശയം വിതർക്ക വിഹക സംശയങ്ങളാവുന്ന പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ വരണമത്രേ ഇത്തിരി കേട്ട് സത്സംഗത്തിലൊക്കെ കേട്ട് ഒരു സമാധാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ കൃഷ്ണൻ ഗീതം കുരുക്ഷേത്ര ഭൂമിയിൽ ഉപദേശിച്ചോ അതിങ്ങനെ ഇത്രയും സമയം അവിടെ കിട്ടി കൃഷ്ണൻ എന്തുകൊണ്ട് പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ചു ഒരാൾ ചോദിച്ചു ഒരാള് കല്യാണം കഴിക്കാത്ത ഒരാള് വേറെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട ആള് ചോദിച്ചു എന്തുകൊണ്ട് പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ചു വരും അപ്പൊ അയാളോട് ഒരു സ്വാമി ഉത്തരം പറഞ്ഞു നിങ്ങളെ ഒരു കല്യാണമേ കഴിക്കാൻ പറ്റണില്ല അപ്പൊ പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ച് ചിരിച്ചും കളിച്ചും കൊണ്ട് നടന്ന ആളാവതാരം എന്നല്ലാതെ പിന്നീണ്ട വിളിക്ക ഇങ്ങനെയൊക്കെ സംശയം വേണ്ടാത്ത നമുക്ക് ഒരു പുണ്യമോ പുരുഷാർത്ഥമോ ഇല്ലാത്ത സംശയം വിതർക്ക വിഹക അത് സത്സംഗത്തിന് വലിയ തടസ്സം എന്നാണ് ശ്രദ്ധയില്ല വിശ്വാസവും ഇല്ല എന്തെങ്കിലും ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഒരു ശ്രദ്ധയൂടെ കേൾക്കണം അല്ലേ അതിന്റെ ഇടയിൽ വേണ്ടാത്ത കുന്ത്രട്ടാദ്യ സംശയം ബഹിരംഗ പരീക്ഷണം ഗീത ചിലർക്ക് തലയിലെഴുത്താണ് ഞങ്ങളുടെയൊക്കെ കഷ്ടകാലുണ്ടല്ലോ ചില ആളുകൾ വന്നു കളയും ഗീതയിൽ റിസർച്ച് ചെയ്യുകയാണെന്നാണ് ശങ്കരാചാര്യയിലെ ഈ റിസർച്ച് സ്കോളേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് നാട്ടിലുള്ള കാക്കകളെയൊക്കെ പിടിക്കാൻ പോണം അവരത്രേ കാക്കദന്ത പരീക്ഷാരൂപം എന്നാണ് ഇങ്ങനെ വേണ്ടാത്ത സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഏർപ്പാടുകൾ അപ്പോ സത്സംഗത്തിൽ കേൾക്കുന്നതും പ്രയോജനപ്പെടില്ല സംശയങ്ങൾ കഴിയുന്നതും സംശയങ്ങൾ വരുമ്പോൾ ആർക്ക് സംശയം വരണമെന്ന് ചോദിക്കാം എനിക്ക് സംശയം ഈ ഞാൻ ആരും ഞാൻ തന്നെ സംശയിക്കപ്പെടേണ്ട വസ്തുവാണ് സംശയം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസാണ് അതിനെ വളർത്തരുത് നമ്മൾക്കില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആളുകൾ വലിയ ഉപകാരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഉണ്ടാക്കി വിട്ടുകളേയും സൂക്ഷിക്കണം വി അത് വിതർക്ക വിഹകങ്ങൾ വിതർക്ക വിഹക ഈ നദി എന്ത് ചെയ്യും ചില നദികളൊക്കെ ഫ്ലഡാവുമ്പോൾ കരയ്ക്ക് നിൽക്കുന്ന മരങ്ങളെയൊക്കെ കടപുഴക്കി കളയും വേരോടെ പഴക്കിക്കൊണ്ടുപോകും അതുപോലെ ഈ നദി ആശയാകുന്ന നദി എന്തിനെ പഴക്കും എന്ന് വെച്ചാൽ ധൈര്യദ്രുമധ്വംസിനി നമ്മള് ജീവിതത്തിൽ നല്ല കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകണം എന്ന് ശ്രമിക്കുമ്പോ ഈ ആശയാകുന്ന നദി നമ്മളുടെ ധൈര്യത്തിനെ ചുതി ഉണ്ടാക്കി ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നാളെ എന്താവും എന്നുള്ള ഭയം ആർക്കെങ്കിലും എന്തെങ്കിലും സൂക്കട് പിടിക്കോ എന്നുള്ള ഭയം നമ്മളുടെ ആശ നടക്കല്യോ എന്നുള്ള പേടി നമ്മൾ ആശിച്ചിരിക്കണത് നമ്മളെ വിട്ടുപോകുവോന്നുള്ള പേടി ഇങ്ങനെയൊക്കെ ഭയമാകുന്ന അപകടമുണ്ടാക്കും ധൈര്യമാവുന്ന വൃക്ഷത്തിനെ വേരോടെ പിഴ പുഴക്കൊണ്ട് അതുമാത്രമല്ല ഡെല്യൂഷൻ അജ്ഞാനമാകുന്ന അവിടെ ചുഴി കാലു പിടിച്ചു വലിക്കാൻ എന്നാപ്പോ കഷ്ടിച്ച് കരയ്ക്ക് കയറാന്ന് വിചാരിച്ചാലോ ചിന്താ തടി ഉയരത്തിൽ എവിടെയോ ഇരിക്കുന്നു ചിന്താത്തടി പ്രോത്തുംഗ ചിന്താതടി അതിനെ ആര് കര കയറുന്നു തസ്യ പാരഗതാഹ വിശുദ്ധ മനസ നന്ദന്തി യോഗീശ്വരാഹ മാത്രം അപ്പുറം കടന്ന് നന്ദന്തി സന്തോഷിക്കുന്നു യോഗീശ്വരന്മാരാരാ ആര് ആത്മാനന്ദം നേടിയിരിക്കുന്നു അവര് യോഗരോ വോഗരഥോ വങ്കരോ വഹീന യ്രഹണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദ അയാൾ പുറമേക്ക് ഭോഗിയെ പോലെ ഇരിക്കട്ടെ യോഗിയെ പോലെ ഇരിക്കട്ടെ എല്ലാവരുടെ നടുവിലും ഇരിക്കട്ടെ എല്ലാവരെയും വിട്ട് ഏകാന്തത്തിലിരിക്കട്ടെ എവിടെയിരുന്നാലും ആരുടെ മനസ്സ് ഹൃദയത്തിൽ ഭഗവാനിൽ രമിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു സന്തോഷിക്കും ആനന്ദിക്ക അപ്പൊ ആ ആനന്ദത്തിനെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ ആ കവാടം ഹൃദയത്തിൽ തുറക്കണം ആ തുറക്കണതാണ് ഇവിടെ ആത്മന്യേവാത്മനാതുഷ്ട എന്ന് പറഞ്ഞത് ഭഗവാൻ ആ ഒരു തുഷ്ടി അകമയ്ക്കുണ്ടെങ്കിൽ പുറമേക്ക് ഒന്നിനോടും പറ്റി പിടിക്കില്ല കൃഷ്ണനോട് പ്രിയമുണ്ടായാൽ പുറം ലോകത്തിൽ ഒന്നിനോടും പിന്നെ പറ്റിക്കൂടാൻ സാധ്യമല്ല ഇതര രാഗവിസ്മാരണം നൃണാം ഗോപസ്ത്രീകൾ പറയുന്നു ഇവനോട് രാഗമുണ്ടായതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മറ്റുള്ളതിനോടുള്ള രാഗമൊക്കെ പോയിപ്പോയി ഞങ്ങൾ ഉപേക്ഷിച്ചതല്ല അവ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിപ്പോയി അപ്പൊ പോസിറ്റീവായിട്ടുള്ള മാർഗം എന്താ ഭഗവാനെ പിടിച്ചാൽ ലോകം പോയി പോകും ലോകത്തിനെ ഓടിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇരുട്ടിനെ ഓടിക്കാൻ പറ്റുമോ ഇരുട്ടിനെ മന്ത്രം ജപിച്ച് ആവാഹിച്ച് എടുത്തുകൊണ്ട് പോവാൻ പറ്റുമോ ഇരുട്ടിനെ വാളുകൊണ്ട് വെട്ടാൻ പറ്റുമോ പാത്രത്തിൽ എടുത്തുകൊണ്ട് പുറത്തുകൊണ്ട് കളയാൻ പറ്റുമോ വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും എത്ര കാലമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ശരി വെളിച്ചം വരുന്ന ക്ഷണത്തിൽ ഇരുട്ട് പോകും അതേപോലെ എത്ര ജന്മമായിട്ടുള്ള അജ്ഞാനമാണെങ്കിലും ശരി ആത്മാനുഭവം ഉണ്ടാകുന്ന ക്ഷണത്തിൽ അതില്ലാതായിട്ട് ചെയ്യും ആത്മാനുഭവം എന്ന് പറയുന്നതും പുതിയതായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല ശ്രദ്ധ കൊണ്ട് നേടേണ്ട കാര്യമാണ് ശ്രദ്ധയെ അകമേക്ക് തിരിച്ച് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഈ ശരീരം ഞാനാണോ ഈ ശരീരത്തിനകത്ത് ഞാൻ ഇരിക്കണു എന്നൊരു തോന്നലുണ്ടല്ലോ ഈ ദേഹവും എനിക്കും തമ്മിലുള്ള ബന്ധമെന്ത് ഈ ദേഹം ജനിച്ചു ഇത് മരിക്കാൻ പോകുന്നു ഇതാണിപ്പോ എന്റെ കണ്ടീഷൻ ഞാൻ എന്തിന് ജനിച്ചു എന്ത് പ്രയോജനം എവിടുന്ന് വന്നു എവിടേക്കാണ് ഈ യാത്ര എന്റെ യഥാർത്ഥ സ്വരൂപം എന്ത് ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ ഇതിന്റെ യഥാർത്ഥമായ സ്ഥിതി എന്താണ് എന്നിങ്ങനെ തത്വപിചാരം ചെയ്യുമ്പോൾ നമ്മളുടെ സ്വരൂപം തന്നെ അഖണ്ഡാകാരമായി അകമേക്ക് തെളിഞ്ഞു കിട്ടും ഞാൻ എന്നുള്ളത് ഈ ശരീരമല്ല സച്ചിദാനന്ദമയമായ ആത്മവസ്തുവാണെന്ന് അകമയ്ക്ക് തെളിഞ്ഞു കിട്ടും ഈ ശരീരം കേവലം പുറഞ്ചട്ടയാണ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ഈ ദേഹത്തിൽ നിന്നും അന്യമായി വ്യതിരിക്തമായി ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അവബോധം അവേർനെസ് ശുദ്ധപ്രജ്ഞ അത് ആനന്ദത്തിന്റെ മൂലമാണ് അധിഷ്ഠാനമാണ് ആ ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിനെ നമ്മള് ധ്യാനത്തിൽ പിടിച്ചു നിർത്തണം ധ്യാന സമയത്ത് നമ്മളുടെ ശ്രദ്ധയെ ഈ ഹൃദയസ്ഥാനത്തിൽ ഏർപ്പെടുന്ന ഈ സംവിത്തിൽ വിടാതെ നിർത്തണം ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ആ അനുഭവം തന്നെ അഖണ്ഡമാണ് അത് നിത്യമാണ് ചലനമില്ലാത്തതാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അവിടെ ഒരു ചലനം ഒരു റിപ്പിള് പോലും ഇല്ല ചലനമൊക്കെ വേറെ എവിടെയോ നടക്കണു ചലനമൊക്കെ ശരീരത്തിൽ നടക്കണോ ചലനം മനസ്സിൽ നടക്കുന്നു ചലനം ബുദ്ധിയിൽ നടക്കുന്നു ഇന്ദ്രിയ തലത്തിൽ നടക്കുന്നു പക്ഷേ ഇതിന്റെ ഒക്കെ പുറമേ സെന്ററിൽ കേന്ദ്രസ്ഥാനത്ത് നിശ്ചലമാണ് തികച്ചും നിശ്ചലമാണ് ആ നിശ്ചലതയാണ് നമ്മളുടെ സ്വരൂപം ആ നിശ്ചലത പൂർണ്ണത്വമാണ് ആ നിശ്ചലത അനന്തമാണ് അത് അസ്പൃഷ്ടമായിട്ട് ഒന്നിനെയും സ്പർശിക്കാതെ അകമേക്ക് നിൽക്കണു എന്ന് കാണുമ്പോ അങ്ങനെ ഒരു കേന്ദ്രം അകമേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ പുറമേ ദുഃഖമുണ്ടോ അപ്പപ്പോ ആ ഒരു സെന്ററിലേക്ക് വലിയ പുറമേ ചൂടുണ്ടെങ്കിൽ എ സി റൂമിന്റെ അകത്ത് കടന്നിരിക്കണ പോലെ പുറമേക്ക് ദുഃഖമുണ്ടെങ്കിൽ അകമേക്കുള്ള ഈ നിശ്ചലത ഈ ശാന്തി ഈ പൂർണത ഈ അമൃതത്തിന്റെ ഉറവിടമായിട്ടുള്ള ഈ ശ്രീകോവിലിൽ ചെന്ന് ഇരിക്കാൻ കഴിയും പക്ഷെ ആ ശ്രീകോവിൽ തുറക്കണം നമ്മളുടെ സാധനൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നു വെച്ചാൽ സാധന എന്തിനാ സാധനൊക്കെ ഈ ബഹിർമുഖമായി മനസ്സിനെ അന്തർമുഖമായി തിരിച്ചുവിടാൻ അന്തർമുഖ സമാരാധ്യാം ദേവി മഹാത്മ്യത്തില് ലക്ഷിതാസനാമത്തിലെ ഒരു നാമമാണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ പുറമേക്ക് എത്ര അന്വേഷിച്ചാലും കിട്ടാൻ പോണില്ലേ വസ്തു ഒരു മഹാത്മാ ഒരു ഗ്രാമത്തിൽ വസിക്കണു അദ്ദേഹത്തിന് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലത്തില് ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹത്തിന്റെ വാസം ആരുടെടുത്തും മിണ്ടില്ല അവതൂതനെ പോലെ അവിടെയൊക്കെ നടക്കും ആ ഗ്രാമത്തിൽ ധാരാളം ശാസ്ത്രം പഠിച്ചവരുണ്ട് അവരിടയ്ക്കിടയ്ക്ക് അനേക പൂജകളും അനേക അനുഷ്ഠാനങ്ങളും അർച്ചനകളും മറ്റും പലതും ചെയ്യും പല ആളുകൾക്കും ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കും പലതും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് തീർത്ഥയാത്ര ചെയ്യും ഇങ്ങനെ പലതും നടത്തുന്നുണ്ട് അതിൽ ആ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇദ്ദേഹം ഒരു മഠയനെ പോലെ ഇങ്ങനെ ആ ഗ്രാമത്തിൽ വസിക്കണു ഭിക്ഷയെടുത്ത് ആഹാരം കഴിക്കണു ആ ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കണു അവർ ചർച്ച ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി ഇരിക്കും ധർമ്മശാസ്ത്രമോ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെ അവിടെയൊക്കെ പോയി ഇരിക്കും ഒരു ദിവസം അദ്ദേഹം ആ തെരുവിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായി ഇദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കുന്നത് അവിടുത്തെ ആളുകളൊക്കെ ഓരോരുത്തരായി കാണുന്നുണ്ട് ആദ്യമൊന്നും ആരും കണക്കാക്കിയില്ല ഇദ്ദേഹം തെരുവിൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ അന്വേഷിക്കണം നേരം വിളിച്ചായ അപ്പൊ ആദ്യ പണ്ഡിതൻ ചോദിച്ചു എന്താ അന്വേഷിക്കണം അല്ല എനിക്ക് പല്ല് കുത്തുന്ന ഒരു സ്വർണം കൊണ്ടുള്ള ഒരു സൂചി ഉണ്ടായിരുന്നു പല്ലില് എന്തെങ്കിലുമൊക്കെ അടഞ്ഞാൽ എടുക്കാനുള്ള സൂചി അതിപ്പോ എവിടെയോ വീണു അത് അന്വേഷിക്കാ ഇന്ന് പോയി അദ്ദേഹം രണ്ടാമതൊരാളെന്ന് അന്വേഷിച്ചു അപ്പോഴും പറഞ്ഞു ഈ പല്ല് എന്തോ ചളി പിടിച്ചിട്ടുണ്ടല്ലോ എടുക്കാനുള്ള സ്വർണം കൊണ്ടുള്ള സൂചി അന്വേഷിക്കാം പലരും വന്ന് അന്വേഷിച്ചു പോയി അവസാനം പിന്നീ രണ്ടു മൂന്ന് ദിവസം അന്വേഷിക്കുമ്പോ ഇവരൊക്കെ കൂടെ വന്നു സ്വാമി ഇത്ര അന്വേഷിച്ച് കിട്ടിയില്ലേ അങ്ങനക്ക് ഓർമ്മയുണ്ടോ അത് എവിടെയാ വീണത് അത് ഞാൻ താമസിക്കുന്ന ആ മുറി ഉണ്ടല്ലോ വീണത് അത് ശെരി ആ മുറിയുടെ വീണിട്ട് ഇപ്പൊ തെരുവിൽ അന്വേഷിച്ചാ കിട്ടുവോ സ്വാമി പറഞ്ഞു അത് അതിപ്പോ എനിക്ക് അറിയാതെയല്ല മുറിയുടെ അകത്ത് വെളിച്ചം പോരാ പുറത്ത് നല്ല വെളിച്ചമുണ്ട് അതുകൊണ്ട് അവിടെ വെളിച്ചമുള്ള സ്ഥലത്ത് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം ഇപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ മഹാമഠയൻ ഇതാണ് നിങ്ങളെല്ലാരും ഭ്രാന്തെന്ന് വിളിക്കണം വെളിച്ചം ഇല്ലെങ്കിലും സാധനം എവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ വെളിച്ചം കൊണ്ടുപോയി അന്വേഷിക്കണം അല്ലാതെ എവിടെ അത് കിട്ടില്ലയോ അവിടെ വെളിച്ചമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിച്ചോ കിട്ടുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്ര നിങ്ങളോട് ഞാൻ ഇത് തന്നെയാണ് ചോദിക്കണത് നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം അകമയെ നഷ്ടപ്പെട്ടിരിക്കണു നിങ്ങൾ അതിനെ പുറമേക്ക് അന്വേഷിച്ചോണ്ടാ നിങ്ങൾക്ക് വാസ്തവം ഇന്ദ്രിയങ്ങളൊക്കെ പുറമേക്കാണോ പുറമേക്കാണോ വെളിച്ചം പക്ഷെ അവിടെ അന്വേഷിച്ചാൽ കിട്ടുവോ അകമയ്ക്ക് വെളിച്ചമില്ലെങ്കിൽ അകമയ്ക്ക് വെളിച്ചം കൊണ്ടുപോയി അവിടെ അന്വേഷിക്കണോ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറമേക്ക് വെളിച്ചമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടാത്ത വസ്തുവിനെ അവിടെ അന്വേഷിച്ചാൽ പഴയ ഒരു തമിഴ് പാട്ടുണ്ട് സിനിമാ പാട്ടാണ് ഇരിക്കും ഇടത്തെ വിട്ട് ഇല്ലാതെ ഇടമെല്ലാം എങ്കെങ്കോ തേടുകരാർ ജ്ഞാനത്തങ്കമേ ഉള്ളതിനെ ഉള്ള സ്ഥലത്ത് അന്വേഷിക്കാതെ എവിടെ എവിടെയോ അന്വേഷിക്കണോ എങ്ങനെ കിട്ടും പറയൂ എന്ത് ചെയ്താലും കിട്ടുമോ നിങ്ങൾ എത്ര സിൻസിയർ ആണെങ്കിലും ശരി എത്ര ജനുവിൻ ആണെങ്കിലും ശരി എത്ര ശ്രദ്ധയുള്ള ആളാണെങ്കിലും ശരി എന്തൊക്കെയാണെങ്കിലും അവിടെ അല്ലാതെ വേറെ ഒരിടത്ത് അന്വേഷിച്ചാൽ കിട്ടുമോ അപ്പൊ അന്വേഷിക്കേണ്ട സ്ഥലത്ത് അന്വേഷിക്കണം എവിടെ അന്വേഷിക്കണം നഷ്ടപ്പെട്ടത് എവിടെയാകമേ അപ്പൊ എന്തുവേണം അകമെ അന്വേഷിക്കണം അകമേ എങ്ങനെ അന്വേഷിക്കും അതിനാണ് അനേക സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും വഴിക്ക് പതുക്കെ ഉള്ളിലേക്കൊന്ന് തിരിയുക ശ്രദ്ധയെ അന്തർമുഖമാക്കി തീർക്കുക എങ്ങനെ അന്തർമുഖമാക്കണം അതാണ് ഉപനിഷത്തുകളൊക്കെ പറഞ്ഞു മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ആദ്യം മനസ്സിൽ നിർത്തൂ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കൂ ബുദ്ധിയെ പതുക്കെ പതുക്കെ നിശ്ചലമാക്കൂ അതെങ്ങനെ നിശ്ചലമാക്കും ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ വളരെ എളുപ്പമായ ഒരു മാർഗം ഏതെങ്കിലും ഒരു മന്ത്രം ഒരു നാമം വിടാതെ ജപിക്കും അപ്പൊ എന്താവും മനസ്സ് അനേക ചിത്തവൃത്തികളായി അനേക വിചാരങ്ങളായി പിരിഞ്ഞ് ചഞ്ചലപ്പെട്ട് അലയുന്ന മനസ്സ് ഏതെങ്കിലും ഒരു നാമത്തിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വെറുതെ വായകൊണ്ട് ജപിച്ചാൽ മതി വായകൊണ്ട് ജപിച്ചാൽ മനസ്സുകൊണ്ട് ജപിക്കേണ്ട ആദ്യം തന്നെ മനസ്സുകൊണ്ട് ജപിച്ച മനസ്സ് നമ്മളെ പറ്റിച്ചു കളയും നമ്മൾ ജപിക്കുകയാണെന്ന് തോന്നും മനസ്സ് പറ്റിച്ചു കളയും നമ്മൾ ജപിക്കുകയാണോ വിചാരിക്കും പലരും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ട് ആദ്യം ഉറക്കെ വായ കൊണ്ട് ജപിക്കാം മനസ്സ് നാച്ചുറലായിട്ട് ആ ജപത്തിനെ പിടിച്ചെടുത്തു മനസ്സുകൊണ്ട് ജപിക്കട്ടെ ു ഹരിനാരായണായ നമ അപ്പൊ എന്തെങ്കിലും ഒരു നാമത്തിനെ ജപിച്ച് ജപിച്ച് ജപിച്ച് പരിശീലിക്കുകയാണെങ്കിൽ ക്രമേണ മനസ്സ് ആ നാമജപത്തിനെ പിടിച്ചെടുത്താൽ അതിന് എന്തെങ്കിലുമൊക്കെ മനസ്സ് കുന്തരട്ടാതി പറയുമ്പോ മനസ്സിനോട് പറയണം ജപിക്കൂ എന്ന് പറയണം പതുക്കെ പതുക്കെ മനസ്സിനെ പഠിപ്പിക്കണം ഏ മനസ്സെ ഇത്ര കാലമായി നീ വേണ്ടാത്തവരൊക്കെ ചിന്തിച്ചില്ലേ ഇനി കുറച്ച് ജപിക്ക നമ്മള് വയസ്സായവരോടൊക്കെ പറയില്ലേ ഇത്ര കാലമായി ഒക്കെ ചെയ്തില്ലേ മതി അതുപോലെ നമ്മളുടെ മനസ്സിനും ഒരുപാട് വയസ്സായിരിക്കണം എത്രയോ ജന്മങ്ങളുടെ വയസ്സായിരിക്കണം അതുകൊണ്ട് അതിനെ പതുക്കെ ഭഗവാന്റെ നാമത്തിനെ ഒരു ടാബ്ലറ്റ് പോലെ അതിന്റെ വായിൽ ഇട്ടുകൊടുക്കുക മനസ്സിന്റെ വായെന്താ ചിത്തവൃത്തികൾ തന്നെ ചിത്തവൃത്തികളിൽ ഇട്ടുകൊടുക്കുക അതങ്ങനെ ഒരു നാമത്തിനെ പിടിച്ചുകൊണ്ട് ജപിച്ച് ജപിച്ച് ജപിച്ച് പരിശീലിച്ചാൽ അതോടൊപ്പം ആരെയും വെറുക്കാതെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വെറുക്കണത് അവർക്ക് ദൂഷ്യമൊന്നുമില്ല നമ്മളുടെ മനസ്സ് അശാന്തമാകും മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രവേശിക്കാതെ വേണ്ടാതെ പ്രവേശിക്കാതെ എന്തിനും പ്രവേശിക്കാവുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ലേ ഇതൊക്കെ അടുത്ത ശ്ലോകത്തിനൊരു പ്രിഫേസ് ആയിട്ടാണ് ഞാൻ പറയണതേ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രവേശിക്കാതെ എന്തു പറഞ്ഞാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ രുചി കാണിക്കുന്ന ആളുകൾക്ക് സമാധാനമേ ഉണ്ടാവില്ല രണ്ടുപേര് നമ്മൾ ഇരിക്കുമ്പോ രഹസ്യം പറയണം ചെവിയിൽ അപ്പോ അയാളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാനാണെങ്കിൽ ഉറക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ല എന്റെ അടുത്ത് മാത്രം പറയൂ അല്ല അപ്പൊ നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരുമില്ല അപ്പൊ നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമല്ല പിന്നെന്ത വിളിച്ച് ചോദിക്കല്ലേ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലർക്ക് തല പൊട്ടണോ പോലെ സകല കാര്യങ്ങളും ലോകത്തിലുള്ളതൊക്കെ അറിയണം അറിഞ്ഞാൽ സമാധാനം ഉണ്ടാവുക ഒട്ട് സമാധാനം ഉണ്ടാവും ഇതിപ്പം എന്താ കുഴപ്പം ഒരു ഭൂതം കയറിക്കൂടിയാൽ ഭൂതം പലതും ചോദിക്കും അതുപോലെ നമ്മളുടെ മനസ്സൊരു ഭൂതമായിട്ട് മാറി നമുക്ക് വിരുദ്ധമായ പ്രവർത്തനം അകമേ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാം ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നറിയണതൊക്കെ അത് രസിക്കും നമുക്ക് ഏതാ സമാധാനം നമുക്ക് ശാന്തി ഉള്ളതിൽ രസിച്ച വേണ്ടില്ല അല്ലെ ഇപ്പൊ സത്സംഗത്തിൽ ശാന്തി ഉണ്ടാവും മനസ്സ് പറയണു അത് രസല്ല പ്രേതകഥ ആ എന്തു രസം എല്ലാവർക്കും അറിയാതെ വായിച്ചാ പേടിക്കുന്നു എന്നിട്ടും ആ പ്രേതത്തിനെ കുറിച്ച് കേൾക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് ഇല്ല എന്നറിഞ്ഞിട്ടും അത് നമ്മൾക്ക് രാത്രി ഉറക്കം കെടുത്തും എന്നറിഞ്ഞാലും പ്രേതകഥ കുട്ടികൾ മുതൽ കൊണ്ട് ഒരു പ്രേതത്തിനെ കുറിച്ച് കഥ പറയാൻ കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്നതൊക്കെ ഞാൻ പ്രേതം കഥയാക്കിയാൽ ചിലപ്പോൾ ബാക്കിൽ നിൽക്കണവരൊക്കെ എണീറ്റ് നിൽക്കും ഉത്സാഹവും കൊണ്ടേ മനസ്സിന് വിപരീതമായ വസ്തുക്കളോട് രുചിയാണ് കാരണം മനസ്സ് തന്നെ നെഗറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് മനസ്സെന്ന് പറയണത് തന്നെ നെഗറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് വിപരീതമായ വസ്തുക്കൾ അപ്പൊ സമാധാനം എവിടുന്നുണ്ടാവും അപ്പൊ മനസ്സിന് ആദ്യം ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തീ വാസനാസരി പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പഥി ആശിഷ്ടം പറയുന്നു ഈ മനസ്സ് ശുഭമായ വഴിയിലൂടെ ഒഴുകും അശുഭമായ വഴിയിലൂടെയും ഒഴുകും രണ്ട് ചാലുപോലെ കൈവഴികൾ പോലെ ആദ്യത്തെ സാധനം എന്താന്ന് വെച്ചാൽ പൗരുഷേണ പ്രയത്നേന ഇച്ഛാശക്തി ഉപയോഗിച്ച് അതിനെ ശുഭമാർഗത്തിലേക്ക് തിരിച്ചുവിടണം അതിന് എളുപ്പ എന്താ സത്സംഗത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൂട്ട ഇവിടെ ഒരു ഭാഗവതമ്മ അവിടെ ഒരു ഭഗവത്ഗീത അത് മനസ്സിലായോ മനസ്സിലായില്ലയോ നമുക്ക് പ്രയോജനപ്പെട്ടു എവിടെയെങ്കിലും ഒരു ശുഭമായ സ്ഥാനത്ത് ഇരുന്ന് കഴിച്ചു രക്ഷപ്പെടും അശുഭമായ വസ്തുക്കളോട് അടുക്കാതിരിക്കുക അതാണ് നല്ലത് അശുഭമായ വസ്തുക്കളോട് അടുത്തിട്ട് ജയിക്കുക എന്നുള്ളത് വിഷമാണ് ആദ്യത്തെ പടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അശുഭത്തിന്റെ മാർഗത്തിലേക്ക് പോവാതെ ശുഭത്തിന്റെ മാർഗത്തിലേക്ക് ബലമായി തിരിച്ചുവിടുക എന്നാണ് സത്സംഗത്തിൽ പ്രവർത്തിച്ചിട്ട് അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ ശുഭവസ്തുക്കളിൽ രമിപ്പിക്കുക വേദാന്ത വിചാരം ഗീത പഠിപ്പിക്കുക ഭാഗവതം പഠിപ്പിക്കുക സമയം കിട്ടുമ്പോ ദിവസം ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരമെങ്കിലും ഏതെങ്കിലും ഒരു നാമജപം പരിശീലിക്കുക ഒരു മന്ത്രജപം പരിശീലിക്കുക ഇതൊന്നും പോരാത്രേ ആചാര്യസ്വാമികൾ പറയണു ഇടയ്ക്കിടയ്ക്ക് മൗനം ശീലിക്കണം എന്താന്ന് വെച്ചാൽ യോഗത്തിന്റെ ഫസ്റ്റ് ഡോറാണ് അത് യോഗസ്ഥ പ്രഥമദ്വാരം വാങ് നിരോധ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അധികവും നമ്മളുടെ എനർജി പോണത് വർത്തമാനം പറഞ്ഞിട്ടാണ് അതും വാക്ക് അശുദ്ധമാവും നമ്മൾ അറിയാതെ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവും അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം വായൊന്ന് അടയ്ക്കണം എന്നാലേ നമ്മൾ ഒരു ദിവസം വായ അടച്ചു പിടിച്ച് മൗനം ശീലിച്ചാൽ നമുക്ക് കാണാം പലതും പറയാനുള്ള അർജുവരും അതൊന്നും നമ്മൾ പറയില്ല അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര കാര്യങ്ങളും നമ്മൾ രക്ഷപ്പെട്ടു ഇതൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര കുഴപ്പമാകുവായിരുന്നു എത്ര അടിയെന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന മനസ്സിലാവും പുറത്ത് പറയണം അല്ലാത്ത ഘട്ടത്തിൽ പറയാവുന്ന പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കണത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളുടെ വർത്തമാനം എത്ര കൊണ്ട് കുഴപ്പമുണ്ടാക്കണമെന്നുള്ളത് വാക്ക് ആഴ്ചയിലെ ഒരു ദിവസം ഒരു ദിവസം മൗനം മതി സാധിക്കുമെങ്കിൽ ഒരു പകുതി ദിവസമെങ്കിലും സാധിക്കുമെങ്കിൽ നല്ലത് മൗനം എന്ന് പറഞ്ഞിട്ട് മൗനമേ വലിയ പ്രോബ്ലം ആവാൻ പാടില്ല ചിലർക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞു അത് സ്ട്രിക്റ്റ് ആയിട്ട് അത് നമ്മൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വായിലാണ് അപകടം നിൽക്കുന്നത് വായിലൊരു അപകടമുണ്ട് വെറുതെ വേണ്ടാത്തരം പറഞ്ഞു പോകും അതാണ് വാക്കിന്റെ അശുദ്ധി വാചോ വിഗ്ലാപനംഹിത്ത ഉപനിഷി പറയണത് വാക്കുകൊണ്ട് ഏർപ്പെടുന്ന ഒരു അശുദ്ധി ഒരു അപചാരം എന്താ വേണ്ടാത്ത പറയണം നമ്മള് അറിയാതെ വ്യക്തികളെ കുറിച്ച് സംസാരിക്കും വ്യക്തികളുടെ നല്ലതിനെയോ ചീത്തയോ കുറിച്ച് സംസാരിച്ചാൽ നമ്മളുടെ മനസ്സ് വെറുതെ വസ്തു സത്യത്തിൽ നിന്ന് വ്യഭിചരിച്ചു പോകും വ്യഭിചാരം എന്നാണ് ഭാഗവതം പറയണത് ഏകാദശത്തില് ഭഗവാൻ പറയണു പരസ്വഭാവകർമാണി ന പ്രശംസേ ന ഗർയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃതിയാ പുരുഷേണച്ച് പരസ്വഭാവകർമാണി യശംസതി സ ആശു സ്വാർത്ഥാത് അസതി അഭിനിവേശതാ നമ്മൾ അറിയാതെ പറഞ്ഞുപോകും നമ്മൾ വർത്തമാനം പറഞ്ഞാൽ മറന്നുപോകും മറന്നുപോയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ന്യായീകരണം ഉണ്ടാവും നമ്മൾ പറയുന്നതിനെ കുറിച്ച് എന്നാൽ പോലും ആവശ്യമല്ല മറ്റുള്ളവനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവരെ പോലെ നമ്മളില്ലയല്ലോ എന്ന് തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അസൂയ തോന്നും ചീത്ത പറഞ്ഞാൽ ദ്വേഷമുണ്ടാകും രണ്ടാണെങ്കിലും സത്യപഥത്തിൽ നിന്നും വ്യഭിചരിച്ചു പോയി എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് സത്യപഥത്തിൽ നിന്ന് ഇത് ആദ്യപടി ആദ്യപടിയില്ല കേട്ടോ ആദ്യപടിയിലത്തെ കാര്യം ഞാനസ്ഥിതിയിലിരുന്നുകൊണ്ട് പിന്നെ അവരെന്ത് ജൽപ്പന് ഗൃഹന് ഉന്മിഷൻ നിമിഷൻ നബി ഭഗവാൻ ഗീതയിൽ തന്നെ പറയണു അവർ ജൽപ്പനം ചെയ്യുമോ അത്ര എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് അതൊന്നും അവരെ ബാധിക്കില്ല പക്ഷെ നമ്മൾക്ക് യോഗസ്ഥിതിയുടെ ആദ്യ പടിയിൽ വായ കൊണ്ട് പറയണത് ആദ്യ പടി ഒരു മൗനശീലനം ഒരു സാധന ഒരു ചെറിയ സാധന ഇടയ്ക്കാഴ്ചയ്ക്ക് ഒരുക്കെ മാസത്തിനൊരിക്കെ ഒരു പറ്റുമെങ്കിൽ ഒരു പത്ത് ദിവസം പത്ത് ദിവസം മൗനം എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം മുഴുവൻ ഫ്രസ്ട്രേഷൻ ആവും നമുക്ക് മനസ്സ് വർത്തമാനം പറയാനുള്ള വേമ്പൽ അപ്പൊ നമ്മൾ എത്ര കണ്ട അഡിക്റ്റഡ് ആണോന്ന് മനസ്സിലാവും ഈ വർത്തമാനം പറയണത്തിന് പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ അടങ്ങും അടങ്ങിയാൽ നല്ല ശാന്തി ഉണ്ടാവും ശാന്തി ഉണ്ടാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എനർജി ഗ്യാദറിംഗ് അല്പമൊന്ന് പരിശീലിച്ചാൽ മൗനം മാത്രം പോരാ മൗനമാണെന്ന് പറഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ലേ വായ അടച്ചു പിടിച്ചാൽ പോരാ അതോടൊപ്പം ആത്മവിചാരം ചെയ്യണം ജപം ചെയ്യണം സദ്ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്യണം ധ്യാനം ചെയ്യണം ആ സമയം മുഴുവൻ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തണം അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളുടെ ഓരോ ദ്വാരങ്ങൾ അടയ്ക്കൽ വാഗ്നിരോധം പിന്നെ കണ്ണ് കണ്ണുകൊണ്ടുള്ള മൗനം വായു കൊണ്ടുള്ള മൗനം ചെവി കൊണ്ടുള്ള മൗനം ഇങ്ങനെയൊക്കെ മൗനം പദവിധം കണ്ണുകൊണ്ടുള്ള മൗനം എന്താന്ന് വെച്ചാൽ വേണ്ടാത്ത വസ്തുക്കൾ നമ്മളെ വേണ്ടാത്ത വസ്തുക്കൾ എന്ന് വെച്ചാൽ ഉള്ളിൽ ചാ ഉണ്ടാക്കുന്ന വസ്തുക്കളെ കാണില്ല എന്നൊരു വ്രതം അതാണ് വിഷമഭവം എല്ലാരും വീട്ടില് മഹിഷാസുരനെ നമ്മളൊക്കെ ഒരു പ്രതിഷ്ഠ ചെയ്ത എങ്ങനെ കാണാതിരിക്കും ഇടയ്ക്കൊക്കെ അത് വേണ്ടാന്ന് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ നല്ല സമാധാനം ഉണ്ടാകും പതുക്കെ അത് ചിലപ്പോൾ വിട്ടുപോയിന്ന് വരും അപ്പൊ അതിൽ നിന്നും പതുക്കെ ഉള്ള വിഡ്രോവൽ ഇതൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ള സാധനയാണ് ഈ സാധനയൊക്കെ എന്ത് ചെയ്യുന്നു നമ്മളെ അന്തർമുഖമാക്കും നമ്മള് നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും നമ്മളിൽ എത്ര ചേഷ്ടകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കാണും നമ്മളുടെ കുഴപ്പം കാണുകയില്ല മറ്റുള്ളവരുടെ കുഴപ്പം കാണും നമ്മള് സാധന എന്ന് പറഞ്ഞ് ഒന്ന് അടങ്ങുമ്പോ നമ്മളിൽ എത്ര കുഴപ്പമുണ്ട് നമ്മൾ കാണും കാണുമ്പോ പിന്നെ മറ്റുള്ളവരുടെ കുഴപ്പം പറയുമ്പോ നമുക്ക് അല്പമൊന്നും നാണം തോന്നും അപ്പൊ ഇതാദ്യത്തെ പടിയായി പതുക്കെ ഒരു നിയന്ത്രണം ആഹാര നിയന്ത്രണം മൗനം ഏഹ് നാവിന് രണ്ടുവിധത്തിൽ നാവിന് രണ്ടുവിധത്തിൽ ഒരു കൊരങ്ങന്റെ ശിലയുണ്ടല്ലോ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് രണ്ട് കണ്ണും പൊത്തിപ്പിടിച്ച് വായില് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു കൊരങ്ങനുണ്ട് അവിടെ കണ്ടിട്ടുണ്ടാവുന്നത് അതില് രണ്ട് ചെവി ഉള്ളതുകൊണ്ട് രണ്ട് ചെവി രണ്ട് കണ്ണോട് പക്ഷെ വായിൽ എന്തിനാ രണ്ട് കൈ എന്ന് വെച്ചാൽ വായിൽ രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് വർത്തമാനം പറയലോ ഒന്ന് ഊണ് കഴിക്കലും ഊണ് കഴിക്കലും വേണ്ടാത്തത് ഒരുപാട് തിന്നാൽ വയറും കേടുവരും മനസ്സും കേടുവരും അപ്പൊ ആഹാരം ഇതൊക്കെ തപസ്സിന്റെ ഭാഗമാണ് തപസ് കൂടാതെ വേദാന്തജ്ഞാനോ ഉണ്ടാവില്ല സ്ഥിതപ്രജ്ഞ എന്നൊക്കെ നമുക്ക് പറയാം തിയറിയൊക്കെ എഴുതിയിട്ട് തീസീസൊക്കെ അവതരിപ്പിക്കാം നമുക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ വേദാന്തജ്ഞാനം തെളിയണമെങ്കിൽ തപസ് വേണം തപസ് എന്താണ് മനസ്സെ ഇന്ദ്രിയാണാം ഐകാഗ്രം പരമം തപ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഒരുമുഖപ്പെട്ട് ഏക വഴിയിലേക്ക് തിരിഞ്ഞ് ഭഗവാനെ ആരാധിക്കണം ഒരു കുളിർമയുണ്ടാവണം ഇന്ദ്രിയ തലത്തിൽ കുളിർമയുണ്ടാവണം മനസ്സിൽ കുളിർമയുണ്ടാവണം ബുദ്ധിയിൽ കുളിർമയുണ്ടാവണം നമുക്ക് കാക്കഫോണിയ ആയിരിക്കണതിനെ ഉപേക്ഷിച്ചിട്ട് അകമയ്ക്ക് പോകാൻ പറ്റില്ലേ അതൊക്കെ ഒന്ന് ഓർഡറിലാക്കിയാലേ അകമയ്ക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു ഓർഡറിൽ കൊണ്ടുവരാൻ ഓരോ ഇന്ദ്രിയങ്ങളെയും അതാത് ദിവ്യമാക്കി തീർക്കുക എന്നാണ് കണ്ണ് ഭഗവാനെ കാണട്ടെ ചെവി ഭഗവത് വിഷയങ്ങളായിട്ട് കേൾക്കട്ടെ മൂക്ക് അതൊന്നും അത്ര വലിയ കുഴപ്പമില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് പ്രഭാഷണം ചെയ്തപ്പോ പറഞ്ഞു കണ്ണ് വേണമെങ്കിൽ അടച്ചു കൊടുക്കാം ചെവി എന്ത് ചെയ്യും എന്നാണ് ഇപ്പൊ തമാശ ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ ഒന്നും അവിടെ വെച്ച് രമണമഹർഷി ഉള്ളപ്പോ ഒരു ജർമ്മൻകാരൻ ഒരു സായിപ്പ് മലയുടെ മേലെ ഒരു ഗുഹയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്നു അയാൾക്ക് അർജന്റായിട്ട് ഒരു ടെലഗ്രാം വന്നു ടെലഗ്രാം വന്നപ്പോൾ ആ വളരെ അർജന്റ് ടെലഗ്രാം ആശ്രമത്തിലുള്ള ചില ആളുകളൊക്കെ കൂടെ ചെന്ന് ഇയാൾ ഗുഹയ്ക്ക് വാതിലൊക്കെ ഉണ്ട് ആ വാതിലിൽ കുറെ നേരം മുട്ടി ബഹളം വെച്ചിട്ടും ഇയാൾ തുറന്നതേയില്ല അപ്പൊ ഇവർക്ക് ഒരേ ആശ്ചര്യം ഇത് ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടോ എന്തൊക്കെയാണെങ്കിൽ ശബ്ദം കേൾക്കും കുറച്ചു കഴിഞ്ഞാൽ കേൾക്കും ഇതിപ്പോ ഇങ്ങനെ ഒരു ധ്യാനമോ ഇവര് പിന്നെയും ബഹളം കൂട്ടി നോക്കി വാതില് ഉറക്കം മുട്ടി നോക്കി അനക്കില്ല ആള് പോയോന്നായി ഇവർക്ക് ടെലഗ്രാമെ ആരോ മരിച്ചതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ കൊടുക്കാൻ പോണ ആള് മരിച്ചാൽ എന്ത് ചെയ്യുന്നു ഇവർ കുറെ നേരം നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോ മഹർഷി ആ വഴിക്ക് നടന്നു വരണം അപ്പൊ മഹർഷിയോട് എന്താ ഇവിടെ ബഹളം അപ്പൊ മഹർഷിയോട് ഇവർ പറഞ്ഞു ഭഗവാനെ ഞങ്ങൾ കുറെ നേരമായി ഈ സായിപ്പിനെ വിളിക്കണു ഇയാൾ വാതിലടച്ച് പൂട്ടി അകത്ത് എന്താ ചെയ്യണമെന്ന് ഒരു പിടിയില്ല ഉറങ്ങുകയാണെങ്കിലും ഒക്കെ പെണീറ്റിട്ടുണ്ടാവണം അത്ര ബഹളം കൂട്ടിക്കഴിഞ്ഞു ഒരനൊക്കില്ല ഇയാൾ എന്ത് ധ്യാനമാ ചെയ്യണം ഇങ്ങനെ ധ്യാനം ഉണ്ടോ അപ്പൊ മഹർഷി പറഞ്ഞു പറയാം ഇപ്പൊ വാതിൽ തുറക്കും അവന് ഞാൻ ഈ സമയത്ത് ഈ വഴിക്ക് വരും എന്നറിയാം അതുകൊണ്ട് ദിവസം എന്നെ കാണാൻ ഈ സമയത്ത് വാതിൽ തുറക്കും കാത്തിരിക്കൂന്നാണ് അതേപോലെ കറക്റ്റായിട്ട് ആ സമയം അയാൾ വാതിൽ വാതിൽ തുറന്നപ്പോഴാണ് ഇവർ കണ്ടത് ചെവിയില് രണ്ട് ചെവിയിലും ഓരോ പ്ലഗ് അത് എന്ത് പ്ലഗ്ന്നു വെച്ചാൽ അത് മഹർഷി പറഞ്ഞു കൊടുത്ത് ടെക്കിന് കാത്തറിയാം ഇയാൾക്ക് അവിടെ എവിടെയൊക്കെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞപ്പോ മലയിൽ ഉള്ള ഏതോ ഒരു മരത്തിന്റെ പാല് ആ പാലിനെ ഉണക്കിയ റബ്ബർ പോലെ ആവും അതിനൊരു പ്ലഗ് പോലെ ആക്കിയിട്ട് ചെവിയിൽ ഫിറ്റ് ചെയ്താൽ സൗണ്ട് പ്രൂഫ് ഒരു ശബ്ദം പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കാതെ സൗണ്ട് പ്രൂഫായിട്ട് പ്ലഗ് വെച്ചിരിക്കുക ധ്യാനിക്കാനായിട്ടോ ധ്യാനിക്കാനുള്ള അതുകൊണ്ട് വഴിയിൽ പോകാൻ പറ്റുമോ അപ്പൊ എന്ത് ചെയ്യും വഴിയിൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലോ അതൊക്കെ വരുമ്പോ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ അടുത്ത ശ്ലോകം ഉത്തരം അടുത്ത ശ്ലോകം നോക്കാം ചാർമംഗശ ഇണീന്ദ്രിഭ്യത്തെ ചയ കൂ ഓർമ്മം എന്ന് വെച്ചാൽ ആമ ആമയുടെ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ടാണ് അമ്പലത്തിൽ കൊടിമരത്തിന്റെ ധജസ്തംഭത്തിന്റെ ചുവട്ടിലൊക്കെ ആമയെ വയ്ക്കുന്നത് ആമയ്ക്ക് എന്താ പ്രത്യേകത എന്നു വച്ചാൽ സംഹരത്തെ അതിന് ഇന്ദ്രിയങ്ങളെയൊക്കെ അകമയ്ക്ക് ആകർഷിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്തെങ്കിലും ശത്രുക്കളൊക്കെ വരുമ്പോ ആമ കാലൊക്കെ അകമയ്ക്ക് വലിച്ച് അകത്തിരിക്കും അത്തോട് നല്ല ബലം ശത്രുക്കൾക്ക് മറ്റു ജന്തുക്കൾക്ക് അതിനെ ഉപദ്രവിക്കാൻ വയ്യല്ലോ അപ്പൊ ഇന്ദ്രിയം തലയും കാലുമൊക്കെ അകമയ്ക്ക് വലിക്കുന്ന ആ അതേപോലെ യോഗിയും എന്തു ചെയ്യുന്നു വെച്ചാൽ ഏതെങ്കിലും ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുന്ന വസ്തുക്കൾ മുമ്പിൽ വരുമ്പോ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്കൊരു വലി നമുക്ക് ഇന്ദ്രിയ മണ്ഡലത്തിൽ ആകർഷണം വികർഷണമുണ്ട് യോഗമണ്ഡലത്തിൽ വേറെ ഒന്നും ഉണ്ട് സംഘർഷണം അതുകൊണ്ടാണ് ഭഗവാന് സംഘർഷണമൂർത്തി എന്ന് പേര് മനസ്സിന് ആകർഷണവും വികർഷണവും മാത്രമേ അറിയുള്ളൂ സംഘർഷണം അറിയില്ല മനസ്സുണ്ടെങ്കിൽ ഒന്നിൽ ഇറ്റ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ഓർ ഇറ്റ് ഗെറ്റ് റിപ്പൾസ്ഡ് ഇത് അകമയ്ക്ക് ഹൃദയത്തില് ഭഗവത് ധ്യാനം കൊണ്ട് മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഹൃദയത്തിലേക്ക് ആകർഷിക്കണം ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ ഈ കണ്ണ് പുറമേക്കുള്ള കണ്ണ് മാത്രമല്ല കണ്ണ് തുറന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ കാണില്ല അല്ലെ കണ്ണ് തുറന്നുകൊണ്ടേയിരിക്കും കാണില്ല മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കാണില്ല ചെവി തുറന്നിരുന്നാലും ചിലപ്പോ കേൾക്കില്ല മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ ചെവി തുറന്നിരുന്നാൽ കേൾക്കില്ല ഒരു ഭർത്താവ് കല്യാണം കഴിച്ചുകൊണ്ടുവന്നു ഒരു സ്ത്രീയെ അപ്പൊ ആരോ സ്ക്രൂ ചെയ്തു കൊടുത്തു ഇയാൾക്ക് നിങ്ങളുടെ ഭാര്യക്ക് ചെവി കേൾക്കില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടോന്നൊന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ലേ ചെവി കേൾക്കില്ല അപ്പൊ ഇയാൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആ സ്ത്രീ കൂട്ടാനുണ്ടാക്കിക്കൊണ്ടിരിക്കുക സാമ്പാർ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇന്ന് കൂട്ടാൻ അവര് ഒന്ന് ശബ്ദം കേൾക്കണോ ഒന്നും പറഞ്ഞില്ല ഇയാൾ പിന്നെയും ചോദിച്ചു ഇന്ന് കൂട്ടാൻ അപ്പോഴും അനക്കല്ല പിന്നെയും ചോദിച്ചു ഇന്ന് കൂട്ടാൻ അപ്പൊ ആ സ്ത്രീ അനങ്ങില്ല അപ്പോ ആ ചെവിയുടെ അടുത്തുപോയി ഉറക്കെ ചോദിച്ചു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ചോദിക്കണോ നിനക്ക് ചെവി കേൾക്കില്ല അല്ലേ ഇന്ന് എന്താ ആ സ്ത്രീ ഉടനെ തിരിച്ചു പറഞ്ഞു ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയണത് മുരിങ്ങേക്കാ കൂട്ടാൻ ആർക്കാണ് കേൾക്കാത്ത ചെവി തുറന്നു വെച്ചാലും ചിലപ്പോൾ കേൾക്കില്ല ചെവിയൊക്കെ തുറന്നിരിക്കണം ചെവി എന്നുള്ളത് ഈ പുറമേക്കുള്ളതൊക്കെ ദ്വാരങ്ങളാണ് ചെവി കണ്ണ് മൂക്ക് ഇതൊക്കെ പുറമേയുള്ള ദ്വാരങ്ങൾ ഈ ദ്വാരങ്ങളിലൂടെ പുറമേക്ക് വരുന്നത് മനസ്സാണ് മനസ്സ് പുറമേക്ക് വന്നിട്ടില്ലെങ്കിൽ വസ്തുക്കളെ ഒന്നും ഗ്രഹിക്കില്ല കണ്ണു തുറന്നിരുന്നാലും കാണില്ല ചെവി തുറന്നിരുന്നാലും കേൾക്കില്ല മണക്കില്ല രുചിക്കില്ല ഒന്നും അറിയില്ല എന്താ ഉള് പോയത് ഒന്നും ഒരു പിടി ഉണ്ടാവില്ല ആഹാരം കഴിച്ചു രുചിയേ നോക്കാതെ കഴിക്കും മനസ്സെവിടെങ്കിലും ആണെങ്കിൽ അപ്പോ മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ആ മനസ്സിനെ ഹൃദയത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുമെങ്കിൽ നമ്മൾ അല്പല്പം ജപം ധ്യാനം പരിശീലിച്ചാൽ ഈ രഹസ്യം നമുക്ക് തന്നെ അനുഭവത്തിൽ വരും ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ യുക്തി കൊണ്ട് പറയാൻ പറ്റില്ല ിലേക്ക് വലിക്കുന്ന പോലെ എങ്ങനെ വലിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ ആന്തരിക വിഷയങ്ങൾ യുക്തി കൊണ്ട് പറയാൻ പറ്റില്ല നമ്മൾ തന്നെ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വിടാതെ മനസ്സിനെ അന്തർമുഖമായി ധ്യാനിച്ച് പരിശീലിപ്പിച്ചാൽ ആത്മവിചാരണം ചെയ്ത് പരിശീലിപ്പിച്ചാൽ മനസ്സ് പുറമേക്കുള്ളത് യാതൊന്നും ഗ്രഹിക്കില്ല സംഭവിക്കണുണ്ടല്ലോ ഉറക്കത്തിൽ ഒന്നും ഗ്രഹിക്കാത്ത സ്ഥിതി ഉണ്ടല്ലോ അപ്പൊ മനസ്സ് ഹൃദയത്തിൽ ചെന്ന് ലയിക്കുമ്പോ യാതൊന്നും ഗ്രഹിക്കില്ല ആ ഒരു സമ്പ്രദായത്തിനെയാണ് ഭഗവാനുടെ ആമ വലിക്കണ പോലെ എന്ന് പറഞ്ഞത് ഭഗവത് ആമയെ പോലെയുള്ള ഒരു ഇന്ദ്രിയ നിഗ്രഹം വേണം ചോട്ടിൽ ആമയെ വച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ ഭഗവാൻ കൂർമാവതാരമെടുത്ത് ആ മന്ത്രപർവ്വതത്തിനെ പൊക്കി പിടിച്ചു ആ സമുദ്രമഥനം എന്ന് പറയുന്നത് യോഗസാധനയാണ് ആ സമുദ്രമഥനം സമുദ്രം എന്ന് വെച്ചാൽ എന്താ നമ്മളുടെ മനസ്സ് തന്നെ സമുദ്രം അതിൽ അമൃതമുണ്ട് ആ അമൃതത്തിനെ എടുക്കാനുള്ള മഥനം ദേവന്മാരും അസുരന്മാരും രണ്ടു വശത്ത് നമ്മളുടെ ഉള്ളിൽ രണ്ടു വാസനയുണ്ട് ദൈവീ സമ്പത്തുമുണ്ട് ആസുരീ സമ്പത്വുണ്ട് മന്ത്രപർവതം എന്ന് പറയുന്നത് അഹങ്കാരമാണ് നമ്മളുടെ വ്യക്തിബോധം അതാണ് സെന്ററിൽ നമ്മളുടെ വ്യക്തിബോധമാണ് മന്ത്രപർവ്വതം ആ മന്ത്രപർവ്വതത്തിൽ ഭക്തിയാകുന്ന വാസുകിയെ കെട്ടി ദേവന്മാരും അസുരന്മാരും കൂടെ ഉള്ള ധ്യാനമാവുന്ന കടച്ചിലാണത് ആസുരീവാസനയും ദൈവീവാസനയും കൂടെ ആചാര്യസ്വാമികൾ ഇതേ എക്സാമ്പിൾ എടുത്ത് ശിവാനന്ദലഹരിയിൽ പ്രയോഗിച്ചിട്ടുണ്ട് ആംനായം ബുദ്ധിം ആദരെണ സു മനസ്സംഘാഹ സമുദ്യൻ മനോമന്ധാനം ദൃഢഭക്തിരജ്ജു സഹിതം കൃത് മതി തഥാ സോമം കൽപ്പതറും സുപർവസുരഭിം ചിന്താമണിം ധീമതാ നിത്യാാനന്ദേദമാവുന്ന സമുദ്രത്തിനെ കടഞ്ഞു എന്നവിടെ ആചാര്യസ്വാമികളുടെ വാക്ക് ആമുനായംബുദിമാദരേണ സുമനസ്സംഘാഹ വേദാന്ത വിചാരം ചെയ്യലാണത് എന്നാണ് പറയണത് ആചാര്യസ്വാമി സുമനസ്സംഗാന്ന് വെച്ചാൽ നല്ല മനസ്സുള്ള സത്സംഗികൾ അവർ കടഞ്ഞു അത്രേ മനോമന്ധാനം കടക്കോല് വെച്ച് ഭക്തിയാവുന്ന കയറുകെട്ടി കടഞ്ഞു അങ്ങനെ അതേപോലെ അകമേക്ക് കടഞ്ഞു ആ കടഞ്ഞപ്പോ മന്ധനപർവതം താണു താണു പോണു പിടികിട്ടാതെ അപ്പോഴാണ് ആമയായിട്ട് ഭഗവാൻ ചുവട്ടിൽ വരണത് കൂർമ്മമായിട്ടും അതെന്തിനാ സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ യോഗസാധനം ചെയ്യുമ്പോൾ മനസ്സ് പിടിതരാതെ എന്നാൽ ശാന്തിയൂട്ടം ഉണ്ടാവൂല ധ്യാനം ഉണ്ടാവൂല മനസ്സ് പിടിതരാതെ വഴുത്തി വഴുത്തി പോകും എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ആ ഇന്ദ്രിയ നിഗ്രഹ രൂപമായ ആമയുടെ സപ്പോർട്ടില്ലെങ്കിൽ യോഗത്തിൽ മുന്നോട്ട് പോവാൻ പറ്റില്ല എന്നുള്ളതിനെ കാണിക്കാനാണ് ഈ കുർമാവതാരം ഒക്കെ സിമ്പിളാണ് നമ്മൾ അതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യണം വ്യാഖ്യാനിക്കും കുർമ്മം അതിനാണ് അതിന്റെ സിമ്പിളാണ് അങ്ങനെ ആമ അടിയിൽ വെച്ച് യോഗം ചെയ്യാൻ തുടങ്ങി കടയാൻ തുടങ്ങി ഭഗവാന്റെ സപ്പോർട്ട് കൊണ്ട് എങ്ങനെ ഇന്ദ്രിയം നിഗ്രഹിച്ചു നമ്മളുടെ അനുഗ്രഹമല്ല ഭഗവാനെ ഇന്ദ്രിയ നിഗ്രഹ രൂപത്തിൽ വന്നു അതാണോ എല്ലാം മാമാശ്രിത്യ യഥന്തിയെ ഭഗവാനെ ആശ്രയിച്ചു യത്നം ചെയ്യുന്നത് കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹ രൂപത്തിൽ ആവിർഭവിച്ചൊരു സപ്പോർട്ട് തന്നു ഉള്ളില് അതാണ് ആമയായിട്ട് ആമ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ ഇന്ദ്രിയനിഗ്രഹം അത് കഴിഞ്ഞ് കടയാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലുള്ള ദുർവാസനകളൊക്കെ പുറത്തേക്ക് ചാടി അതാണ് വിഷം അത് ഒരു സദ്ഗുരുവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഈ ജീവൻ പതറിപ്പോവും നമുക്ക് സപ്പോർട്ടിനൊരു സദ്ഗുരു വേണം ആ സദ്ഗുരുവാണ് ശിവൻ ശിവൻ അതെടുക്കണം അവഷത്തിനെ താൻ എടുത്തു ശിവനെ അത് എന്ന് വെച്ചാൽ ഒരു സദ്ഗുരുവിന് ശിഷ്യന്മാരുടെ പ്രാരബം പലതും എടുക്കേണ്ടി വരും എടുത്താൽ അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഞാനല്ല ഉറപ്പുള്ളതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തെ അല്പം ബാധിക്കും ശിവന്റെ കണ്ഠത്തിൽ അത് നീല നിന്നു അതേപോലെ രാമകൃഷ്ണപരവംസറുടെ കണ്ഠത്തിൽ ഒരു കളറിൽ നിന്നു ക്യാൻസർ ആയിട്ട് രമണ മഹർഷിയുടെ കയ്യിൽ നിന്നു എത്രയോ മഹാത്മാക്കൾക്ക് പല വ്യാധിയും ഈ ശിഷ്യന്മാർ കൊടുത്തതാണ് വഷം അതൊക്കെ എടുത്തു അങ്ങനെ ഓരോന്നായി അത് കഴിഞ്ഞാലും ഓരോ ആഗ്രഹങ്ങൾ യോഗസാധന ചെയ്യുമ്പോ സാധിക്കും വിചാരിക്കുന്നതൊക്കെ സാധിക്കും ഏ ഒരു ആദ്യമൊക്കെ ആദ്യം വന്നത് കുതിര വന്നു പിന്നെ ആന വന്നു ദേവരഥം വന്നു അതായത് വാഹനങ്ങൾ വാഹനങ്ങൾ ഓരോന്നായിട്ട് ഉളന്ന് വരും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഗ്രഹസ്ഥനെ ഒരു കാർ വാങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു സന്യാസിയായ എളുപ്പത്തിൽ കിട്ടുക ആരെങ്കിലും കൊടുക്കും സ്വാമി വെച്ചോളൂന്ന് എന്താ ഇതൊക്കെ ടെംപ്ടേഷനാണ് വാഹനങ്ങൾ ഓരോന്ന് സന്യാസിയായ ലോദാ സ്വാമി വെച്ചോളും ഞാൻ വാങ്ങിയതല്ല ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഭഗവാൻ തന്നോളും എല്ലാം തരും ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വന്ന് നിക്കും ഒന്നിലും വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം ആദ്യം വാഹനങ്ങള് പിന്നെ അപ്സര സ്ത്രീകള് പിന്നെ അഷ്ടസിദ്ധികൾ അതാണ് അഷ്ടൈശ്വര്യ രൂപിണിയായ ലക്ഷ്മി അവസാനം വരുന്നത് അതാണ് എട്ട് സിദ്ധികളുടെ രൂപത്തിൽ ലക്ഷ്മിയുടെ ആവിർഭാവം ആ സിദ്ധി ഒന്നും നമ്മൾ സ്വീകരിക്കരുത് അതാണത് ഭഗവാന്റെ കഴുത്തിൽ വരണമാല്യം അണിയിപ്പിച്ചു ലക്ഷ്മിയെ എന്ന് പറയാൻ കാരണം ഈ സിദ്ധികളൊക്കെ ആവിർഭവിക്കുമ്പോൾ സിദ്ധി ഒന്നും ഞാൻ ചെയ്തു എന്ന് ഏറ്റെടുക്കേയരുത് അതൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് നടക്കണു എങ്ങനെയെന്നേ അറിയാൻ പാടില്ല അതാണ് ശുദ്ധജ്ഞാനികളുടെ ലക്ഷണം അവരുടെ സന്നിധി ചിലപ്പോൾ സിദ്ധികളൊക്കെ നടന്നാൽ പോലും ഒന്നും അവരേറ്റെടുക്കില്ല ഒന്നും എന്നെ സാധിച്ചതല്ല നടന്നു എങ്ങനെയെന്ന് എനിക്കറിയില്ല ഭഗവാൻ കൃപ ചെയ്തു അങ്ങനെ എല്ലാം ഒഴിച്ചു മാറ്റിയാൽ അവസാനം ഉണ്ടാവുന്നതാണ് അമൃതാവിർഭാവം അമൃതം എന്ന് വച്ചാൽ എന്താ മരണമില്ലാത്ത അനുഭവം ആത്മാനുഭവം സാക്ഷാത്കാരം അപ്പൊ ആ സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ പടി ഇന്ദ്രിയങ്ങളെ അകമയ്ക്ക് ആകർഷിക്കല്ലേ കൂർമോ അങ്കാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ സസ്യപ്രജ്ഞ പ്രതിഷ്ഠിത ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് ആകർഷിക്കണം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങള് പറ്റിക്കും ഇന്ദ്രിയ തീ തൊട്ട ആർക്കാണെങ്കിലും പൊള്ളും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പെട്ടാൽ ആരാണെങ്കിലും ദുഃഖിക്കണം അലക്സാണ്ടറോട് അരിസ്റ്റോട്ടിൽ പറഞ്ഞു സ്ത്രീകളിൽ നിന്നും വളരെ സൂക്ഷിക്കണം എന്ന് അരിസ്റ്റ അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർക്ക് ഒരു സ്പെഷ്യൽ ഉപദേശം എന്നാലേ തനിക്ക് ഈ യുദ്ധം ജയിക്കലൊക്കെ പറ്റുകയുള്ളൂ അലക്സാണ്ടറുടെ ഗുരു പക്ഷെ അവസാനം എന്തായെന്ന് വെച്ചാൽ അലക്സാണ്ടർ ഏതോ ഒരു സ്ത്രീയുടെ അടുത്ത് പ്രിയമായി ആ സ്ത്രീ ഒരു ദാസിയാണ് അപ്പോ അലക്സാണ്ടർ ഒരു ദിവസം ആ സ്ത്രീയോട് പറഞ്ഞു എന്റെ ഗുരുനാഥൻ എന്നെ ചീത്ത കണ്ടാൽ തനിക്ക് ഞാൻ അടിമയായി പോയിപ്പോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഏത് പുരുഷനും ഇങ്ങനെയൊക്കെ സ്ത്രീകളൊക്കെ വന്നാൽ അടിമയായി പോകും ഏ എന്റെ ഗുരു അങ്ങനെ ഒന്നും ആവില്ലാന്ന് എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പോയി കുറച്ച് പോയി കഴിഞ്ഞു പോയി അരിസ്റ്റോട്ടിലിന്റെ അടുത്ത് പോയി നിന്നു കുറച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് അരിസ്റ്റോട്ടിൽ ഈ സ്ത്രീയുടെ കൂടെ ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും ഒക്കെ തുടങ്ങിയത്രേ ഈ കഥ ഉണ്ടായതാണോ അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോ അലക്സാണ്ടർ വന്നു ചോദിച്ചു നിങ്ങൾ എന്താ കാണിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞു സ്ത്രീകളുടെ അടുത്ത് പോവാൻ പാടില്ല എടുക്കാൻ പാടില്ല ഇപ്പൊ അങ്ങ് ഇങ്ങനെ ആയല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ അടുത്ത് കൂടിയാൽ ഞാനായാലും ഇങ്ങനെ ആവുന്നു കാണിക്കാൻ വേണ്ടിട്ടാണ് ആയത് ണി ഇന്ദ്രിയാർത്ഥേവ്യ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആർക്കും അത് അന്യഥ ചെയ്യാൻ സാധ്യമല്ല ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും സംബന്ധമുണ്ട് അതിന് തമ്മിൽ ബന്ധമുണ്ട് അപ്പൊ അത് ബാധിക്കാളെ നമ്മളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിലോ വിഷയങ്ങളിൽ സമ്പർക്കം പുലർത്തുന്ന മനസ്സിനെ പുറമേക്ക് വിടാതെ അകമേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയണം അതാണ് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേവ്യായ ആ സംഹരത്തെ ആ സംഹാരത്തിന് പേരാണ് ധ്യാനം കമയ്ക്കുള്ള ആകർഷണം ഹൃദയത്തിലേക്കുള്ള അടക്കം ആ അടക്കത്തിന് പേരാണ് ധ്യാനം ധ്യാനം പരിശീലിച്ച് പരിശീലിച്ച് വിഷയസമ്പർക്കം എന്തെങ്കിലും വരണോ എന്ന് അറിഞ്ഞാൽ ഉള്ളിലേക്ക് ആകർഷിച്ചോളണം നമ്മൾ മഹർഷിയെ കണ്ടിട്ടുള്ളവരുടെയൊക്കെ ഒരു അനുഭവമാണത് പുറമേക്ക് എല്ലാത്തിന്റെ നടുവിലിരിക്കുമ്പോഴും എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിനെ കാണുന്നവരൊക്കെ പലരും എഴുതിയിട്ടുണ്ട് അദ്ദേഹം കണ്ണു ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു പല ശബ്ദങ്ങളും ചുറ്റും നടക്കുമ്പോഴും ഒന്നും കേൾക്കണില്ല എന്ന് തോന്നും അദ്ദേഹം ഊണ് കഴിക്കുമ്പോഴും അദ്ദേഹം ഒന്നും രുചിക്കണില്ലാന്ന് തോന്നും എല്ലാറ്റിന്റെ നടുവിലിരിക്കുമ്പോഴും ശ്രദ്ധ അന്തർമുഖതയാ തിഷ്ടഹിർവൃത്തി പരോപിസൻ വെളിയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ദൃഷ്ടി ഉള്ളിലെവിടെയോ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആത്മാവിനെ തന്നെ അകമേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെളിവ്യവഹാരങ്ങളൊക്കെ നടക്കുമ്പോഴും ദൃഷ്ടി ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് ബാഹ്യവ്യവഹാരം ചെയ്യുക എന്നുള്ളതാണ് ഈ കൂറുമോ അങ്കാനീവ സർവശം ഇന്ദ്രിയാർത്ഥേഭ്യപ്രജ്ഞ പ്രതിഷ്ഠിത അങ്ങനെ ഹൃദയത്തിലെ ഈ ബോധത്തിനെ നല്ലവണ്ണം തെളിച്ചനുഭവിക്കാൻ താൻ അകമേക്ക് പ്രകാശിക്കുന്ന ഈ ബോധദ്വീപമാണെന്ന് കണ്ടറിഞ്ഞ് ഇന്ദ്രിയങ്ങൾ പുറമേക്കുള്ള ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖമായി തിരിഞ്ഞ് അറിവിലുമേറി റിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കിത്തെരുതരെ വേണു വണങ്ങിയോതിടേണം പുറമേക്കുള്ള ഈ കണ്ണുകൾ ദൃഷ്ടിയുടെ പാച്ചൽ ഉപനിഷത്ത് രസമായിട്ട് പറഞ്ഞു ഭഗവാൻ നമ്മളെയൊക്കെ ചതിച്ചു എന്നാണ് എന്താ ഭഗവാൻ ചതിച്ചു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പരാഞ്ചിഖാനി സ്വയംഭൂ ശ്യതി നന്തരാത്മൻ ഇന്ദ്രിയങ്ങളെ ഒക്കെ പുറമേക്ക് തിരിച്ചു വെച്ചു പരാഞ്ചിഖാനി വ്യതിനത് എന്നിട്ടോ താൻ അകമേക്ക് കയറിയിരിക്കുകയും ചെയ്തു എന്നിട്ട് ഉള്ളിലേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കുമ്പങ്ങനെ നോക്കൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ താൻ അകമേക്ക് കയറിയിരിക്കുകയും ചെയ്തു എന്നിട്ട് അകമയ്ക്ക് നോക്കാൻ പറഞ്ഞ എങ്ങനെ നോക്കും ധീര ഏതോ ഒരു ധീരൻ പ്രത്യേകാത്മാനമൈക്ഷത് കേ തിരിഞ്ഞ് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി പ്രത്യേകാത്മാവിനെ കണ്ടു എങ്ങനെ ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛന് അയാൾക്ക് അത് എങ്ങനെ സാധിച്ചു എന്ന് വച്ചാൽ ചക്ഷുഹു ഇന്ദ്രിയങ്ങളെ ഒക്കെ പ്രതീകമായി ചക്ഷുഹു എന്ന് പറഞ്ഞു കണ്ണ് അതാണ് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി എന്ന് പറഞ്ഞത് കണ്ണുകളെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് തിരിച്ച് അമൃതത്വമിച്ഛൻ അതെങ്ങനെ സാധിച്ചു അമൃതത്വത്തിനെ ഇച്ഛിച്ചുകൊണ്ട് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു ധീരത എന്ന് വെച്ചാൽ എന്താണ് ധീരതയ്ക്ക് എന്ത് ലക്ഷണം ധീരത്വം അക്ഷപ്രാബല്യേപി അഖിലാസ്വാദവാഞ്ചയാ തിരസ്കൃത്യ അഖിലാക്ഷാണി തച്ചിന്തായം പ്രവർത്തനം ഇന്ദ്രിയങ്ങളൊക്കെ നല്ല പ്രബലമായിരിക്കുമ്പോഴും ഭഗവാനെ അനുഭവിക്കണം ഭഗവാനോട് ഭക്തി ചെയ്യണം എന്നുള്ള അതി ഉത്കടമായ അഭിലാഷം കൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമാക്കി ഭഗവത് ധ്യാനത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് ധീരത്വം എന്നാണ് വെളിയിൽ പുറമേക്ക് എന്തു തന്നെ നടക്കട്ടെ അതുകൊണ്ട് ബാധിക്കപ്പെടാതെ ഹൃദയത്തിലേ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ ധീരൻ അങ്ങനെയുള്ള യഥമിയലും യതിവര്യനായി ആ ധീരനായിട്ടുള്ളത് അതാണ് ഇവിടെ ഭഗവാൻ പറയണത് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ നടക്കട്ടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ ഉള്ളൂ നമ്മുടെ മഹർഷിയുടെ മുമ്പില് ഭക്തന്മാരൊക്കെ ധ്യാനിക്കാനായിരിക്കും ആശ്രമത്തിൽ ചുവട്ടിലെ ആശ്രമത്തിൽ താമസമാക്കിയ ശേഷം ഒരു വിചിത്രമായൊരു നായ ഉണ്ടായിരുന്നു നായ്ക്ക് ജാക്കിങ് പേര് ആ നായ കാഷായണി വിരിച്ചുകൊടുത്ത് അതിന്റെ മേലെ ഇരിക്കുകയുള്ളൂ ആ നായ അതിനൊരു മഹർഷി ഊണ് കഴിച്ചിട്ടേ കഴിക്കുള്ളൂ ധാരാളം പേരത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതിനു മുമ്പ് എന്തു കൊടുത്താലും തീന്നില്ല അതിന്ന് മഹർഷി ഒരു കഷ്ണം എടുത്ത് വായിലിട്ടാലേ അത് കഴിക്കുകയുള്ളൂ അത് ധ്യാനിക്കുമ്പോൾ വളരെ നിഷ്ഠയോടുകൂടെ കുറച്ചു ദിവസം ആ ആ കാഷായ തുണിയിൽ വന്നിരുന്ന് മഹർഷി നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം അനങ്ങാതിരിക്കും നല്ല അടക്കത്തോടെ ഒരു ദിവസം ഈ ഹാളിന് പുറത്ത് മറ്റൊരു നായ വന്നു അവര് തമ്മിൽ കടിപിടി കൂടുന്നു കണ്ടപ്പോ ഈ നായയുടെ സ്വഭാവം ഇവിടെ ഇരുന്ന നായ അതിനെ നോക്കി കുറച്ചു പുറമേക്ക് അപ്പോഴേക്ക് ഈ ധ്യാനിച്ചിരിക്കുന്നവരുടെ ധ്യാനമൊക്കെ അല്പ ചലിച്ചു അവരൊക്കെ കണ്ണ് തുറന്നു നോക്കി അപ്പൊ മഹർഷി ആ നായയോട് പറഞ്ഞു അത്ര ഏ കണ്ണ് മൂട് കണ്ണ് തുറന്താത്താനേ തിരികരുത് അല്ലവാ പാക്കാതെ വെളിയിൽ മൂട് പറഞ്ഞ ഉടനെ ആയ അനുസരിച്ച് കണ്ണടച്ചു എന്നാണ് ബാക്കിയുള്ളവരും നോക്കിക്കൊണ്ടിരുന്നു ആയ ഉടനെ കണ്ണടച്ചു കണ്ണ് നോക്കുന്നത് കൊണ്ടല്ലേ കാണുന്നത് എന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോട് സംബന്ധം സമ്പർക്കം നോക്കിയാ കാണും കാണുമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കണ്ണാടിയും നോക്കിയാൽ രൂപം കാണും നോക്കിയിട്ടില്ലെങ്കിൽ രൂപമില്ല അവിടെ നമ്മൾ നോക്കുന്നത് കൊണ്ടാ അതോ ഉണ്ടാവണതെന്നാണ് വേദാന്ത സിദ്ധാന്തം അപ്പൊ ഇന്ദ്രിയങ്ങൾ വ്യവഹാരയോഗ്യമായി ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമായി വ്യവഹരിച്ചാൽ അത് വളരെ പവർഫുൾ ആവും അകമയ്ക്ക് ശക്തിയേറും അതിന് ആ അന്തർമുഖമായ പ്രത്യക് പ്രവാഹിനി വൃത്തിസ്വരൂപ ചിത്സ്വരൂപ ഈ വൃത്തി പുറമേക്ക് പോകുന്ന വൃത്തി പ്രത്യക് പ്രവാഹിനി അകമേക്ക് തിരിച്ചുവിട്ടാൽ അത് തന്നെ പേര് ഇപ്പോ പുറമേക്ക് പോകുന്ന മനസ്സ് അകമേക്ക് തിരിഞ്ഞ അത് ചിത്ത് ചിത്സ്വരൂപം ചിത്സ്വരൂപം എന്ന് പറയണല്ലോ എന്താണ് ഇന്ദ്രിയങ്ങൾ വഴി ചിത്തവൃത്തി പുറത്തേക്ക് പോയാൽ അത് തോട്ട് വേവും ഒരു ചിത്തവൃത്തി അത് എവിടെ ഉദിച്ചുവോ അവിടെ ചെന്ന് ലയിച്ചാൽ അത് ചിത്സ്വരൂപം ബോധം അതിന്റെ പ്രവൃത്തിയനുസരിച്ചിരിക്കണം അപ്പൊ പുറമേക്കുള്ള ദൃഷ്ടി അന്തർമുഖമായി ഉള്ളിലേക്ക് തിരിച്ചുവിട്ടാൽ ആ ഹൃദയത്തിൽ രമിക്കാൻ ആരംഭിച്ചാൽ ആ രമണം തന്നെ യോഗസ്ഥിതി ആ യോഗസ്ഥിതിയിൽ ഇരുന്നും കൊണ്ട് ലോകവ്യവഹാരം ചെയ്യാനാണ് ഭഗവാന്റെ ഉപദേശം യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ച യോഗസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുമെന്നാണ് പ്രവൃത്തി മടങ്ങ് പ്രവൃത്തിക്ക് ഫലം ഉണ്ടാവും പക്ഷെ ഫലത്തിൽ ശ്രദ്ധിക്കരുത് മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സ്ഥിതപ്രജ്ഞാ ഭാഷ എന്ന് പറയുന്ന പോലെ മഹാത്മാക്കൾ യോഗസ്ഥിതിയിൽ ഇരിക്കുന്നവർ ഒരു ദൃഷ്ടി നമ്മളുടെ മേലെ വീണാ മതി ചന്ദ്രശേഖരഭാരതി സ്വാമികളെ കുറിച്ച് ഒരു ഒരു ശർമ്മ എം എം എസ് ശർമ്മ എന്ന് പറയുന്ന ഒരാൾ ഒരു അനക്കഡോട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം ശിങ്കേരിയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാപുരുഷനാണ് ചന്ദ്രശേഖരഭാരതി അദ്ദേഹം ബാഹ്യ ഉണ്ടായിരുന്നില്ല ഏകദേശം രമണ മഹർഷി ആ സ്ഥിതിയിൽ തന്നെ ജീവൻ മുക്തനായി സർവബന്ധ വിമുക്തനായിരുന്ന ഒരു മഹാത്മാവാണ് മഠാധിപതിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വ്യവഹാരമൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല സദാ ആത്മധ്യാനം നൌമി ശാസ്ത്രേഷു നിഷ്ണാതം ചന്ദ്രശേഖരഭാരതി അദ്ദേഹത്തിന് ധ്യാനശ്ലോകം കൊണ്ട് സ്തുതിക്കുന്നത് സദാ ആത്മധ്യാനനിരതം അദ്ദേഹത്തിന് ബാഹ്യവ്യവഹാരമേ ചെയ്യാൻ ഒക്കാത്ത ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം അപ്പോ അദ്ദേഹം മധുരയിൽ വന്നിരുന്നപ്പോ ഈ ശർമ്മ അദ്ദേഹം ബ്രാഹ്മണനായി ജനിച്ചുവെങ്കിലും വെള്ളക്കാരുടെ കാലമായതുകൊണ്ട് ആ മോഡേൺ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ അദ്ദേഹത്തിന് ഇതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈശ്വര കാര്യങ്ങളിലോ സന്യാസികളോടോ അദ്ദേഹത്തിന് യാതൊരു രുചിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും കൂടെ മധുരയിൽ എവിടെയോ ഓഫീസിൽ എവിടേക്കോ പോവാണ് പോകുമ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ ശൃംഗേരി മഠത്തിലെ സ്വാമികൾ ഇവിടെ വന്നിട്ടുണ്ട് ചന്ദ്രശേഖരഭാരതി സ്വാമി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാനായിട്ട് എനിക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സന്യാസികളും താല്പര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ പറഞ്ഞു എന്നാലും വരൂ നമ്മൾ പോകുന്ന വഴിയല്ലേ ഇദ്ദേഹം നല്ല വെസ്റ്റേൺ ഡ്രസ്സിലാണ് അദ്ദേഹം തന്നെ പറയുന്നു കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് ഞാൻ പോയി എന്റെ കൂട്ടുകാരൻ്റെ ഇന്ററസ്റ്റിന് വേണ്ടി പോയതാണ് എനിക്ക് ഒരു രുചിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമയം സ്വാമികൾ കുളിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു വരുന്ന വഴി അദ്ദേഹം ആരെയും ശ്രദ്ധിച്ചില്ല അദ്ദേഹം അങ്ങനെയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിനെ കണ്ട ചിലരൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് പലരുടെ അനുഭവം പല രീതിയിലാണ് പലരെ അദ്ദേഹം ശ്രദ്ധിക്കുകയില്ല ചിലപ്പോൾ ഭ്രാന്ത് പോലെ ചിലപ്പോൾ അദ്ദേഹം പാട്ടുപാടിക്കൊണ്ട് നടക്കും കീർത്തനം ചൊല്ലും ചിലപ്പോൾ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കും ആരുടെയും ബാഹ്യവ്യവഹാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മഠത്തിന് തന്നെ വലിയ വിഷമായിരുന്നു അദ്ദേഹത്തിന് കാരണം മഠത്തിലെ ചില ഭക്തന്മാരൊക്കെ സ്വാമികളോട് പറഞ്ഞു എത്ര ഭക്തന്മാരും അങ്ങനെ കാണാൻ വരുന്നു അങ് ആരെയും ശ്രദ്ധിക്കണില്ലല്ലോ പുറത്തേ വരില്ലേ ചിലപ്പോൾ വടത്തിന്റെ അഡ്മിനിസ്ട്രേഷനൊന്നും അദ്ദേഹത്തിന് കൊണ്ട് സാധിച്ചില്ല അദ്ദേഹം അതിനൊന്നും വഴങ്ങിക്കൊടുത്തൂല്ല അഡ്മിനിസ്ട്രേറ്റർ ചെന്ന് എന്തെങ്കിലുമൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ചോദിച്ചാൽ അദ്ദേഹം ജോക്കായിട്ട് എന്തെങ്കിലും ശ്ലോകം പറയും ഒരു സംബന്ധവും ഇല്ലാത്ത അതൊരു ടെക്നിക് അദ്ദേഹം കണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബ്രാന്താണെന്ന് വരെ തീരുമാനിച്ചവരുന്നത് എന്തെങ്കിലും ഒരു ശ്ലോകം ഉണ്ടാക്കിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ സീരിയസ് ആയിട്ട് വല്ല കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് ഈ ശ്ലോകം ചൊല്ലുന്നു കുറെ കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റർക്ക് തോന്നി ഇത് ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ പറയുമ്പോ അദ്ദേഹം ഉത്തരമായിട്ട് പറയണത് ബഹുവേതന വൃത്യോപി അൽപ്പവേതന വൃത്യസ്തു ഹിൽദാർ ഇത് കഥ്യത ബഹുവേതന വൃത്യസ്തു മഹാമാത്യോ അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാണ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററെ അവിടുത്തെ ദിവാൻ ആണെന്ന് വിളിക്കുവേ അതിൽ അദ്ദേഹത്തിന് നല്ല അഭിമാനം ഉണ്ടായിരുന്നു ശ്രീകണ്ഠ ശാസ്ത്രി അപ്പോ അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ശ്ലോകമാണ് അല്പം ശമ്പളം വാങ്ങിക്കണ ആളെ ഹവിൽദാർ എന്ന് വിളിക്കണു വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആളെ അമാത്യൻ ദിവാൻ എന്നൊക്കെ വിളിക്കണമെന്നാണ് രണ്ടുപേരും ജോലിക്കാർ ജോലിക്കാര് തന്നെ രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല അവർക്ക് എവിടെ സ്വാതന്ത്ര്യം ഒരു ശ്ലോകം ഈ അഡ്മിനിസ്ട്രേറ്റർ എന്തു ചോദിച്ചാൽ അദ്ദേഹങ്ങനെ ശ്ലോകം വളരെ സീരിയസ് ഇതൊരു ടെക്നീക് അദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പോ ആ ഒരു സ്ഥിതിയിൽ ഇരിക്കുന്ന മഹാത്മാർമ്മ പറയുന്നു അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ അദ്ദേഹം ഇങ്ങനെ കുളിച്ച് വരികയാണ് വരുന്ന വരെ വരുക ശ്രദ്ധിച്ചില്ല ഇദ്ദേഹത്തിന് ഒരേ ഒരു നോട്ടം മാത്രം ഇങ്ങനെ ഒരു നോട്ടം നോക്കിട്ട് പോയത്രേ അദ്ദേഹം പറഞ്ഞു ആ ഒരു നോട്ടം ഞാൻ ആ കാലില് വീണു എന്റെ നാസ്തികവാദവും പോയി എന്റെ പാശ്ചാത്യ ഭ്രമവും പോയി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ല ഉപദേശിച്ചില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടില്ല യാതൊന്നും ഒരേ ഒരു ദൃഷ്ടി അതിലാണ് പ്രത്യപ്രവാഹിനി വൃത്തി എന്ന് പറയുന്നത് അവർ വൃത്തി അകമേക്ക് പോകുമ്പോ രമണ മഹർഷിതിന് ഉദാഹരണം പറയും നമ്മൾ വാക്ക് പറയണതുണ്ടല്ലോ വാക്കിന് മുമ്പ് ഒരു തോട്ട് വരണം തോട്ടിനേക്കാളും സൂക്ഷ്മ തലത്തിൽ ഒരു തീരുമാനം വരണം ആ തീരുമാനം ഉദിക്കണ സ്ഥലത്ത് ഒരു നിശ്ചലതയുണ്ട് ഒരു തോട്ട് ഒരു ശബ്ദരൂപത്തിൽ എക്സ്പ്രസ് ആകുമ്പോൾ വളരെ ബലം കുറഞ്ഞു അപ്പൊ ഈ ശബ്ദത്തിനേക്കാളും ബലം തോട്ടനുണ്ട് ഞാൻ എത്ര കണ്ട് ചിന്തിക്കണോ അത്ര കണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല പറയണതിനെക്കാളും ചിന്തിക്കുന്നത് കൂടുതൽ ആഴത്തിലുണ്ടാവും ആ ആഴത്തിലുള്ള ചിന്തയെക്കാളും ബലം അതിനു പുറകിലുള്ള മനനത്തിനുണ്ടാവും ആ മനനത്തിനേക്കാളും ബലം അതിനു പുറകിലുള്ള അനുഭവത്തിനുണ്ടാവും അപ്പൊ ആ കേവല അനുഭവസ്ഥിതിയിൽ മാത്രം നിൽക്കുന്ന മഹാത്മാക്കൾ ഒരു വാക്ക് പറയണമെന്ന് പോലും വലിയ ശ്രദ്ധിച്ചാൽ മതി അത് പക്വുള്ള ആളുകൾക്ക് അപ്പൊ ആ പക്വസ്ഥിതിയിൽ ഒരു ദൃഷ്ടി പറഞ്ഞു അങ്ങനെയാണ് എന്റെ കൺവെർഷൻ ഉണ്ടായത് എന്നാണ് പിന്നീട് സ്വാമികളുടെ വേദാന്ത പാഠത്തിൽ അദ്ദേഹം ഒരു ഭാഗമായിരുന്നു അപ്പോ ഇതാണ് സ്ഥിതപ്രജ്ഞാഷ എത്ര ഉദാഹരണമാണ് സ്ഥിതപ്രജ്ഞസ്യാഭാഷ സ്ഥിതപ്രജ്ഞൻ എന്താണ് എന്നുള്ളത് ഒരു അത്ഭുത വസ്തുവിനെ പോലെ അർജുനൻ ചോദിക്കാൻ കാരണം അതാണ് ആശ്ചര്യവത് പശ്യതി കശ്യതേനം ആശ്ചര്യവത്വതാന്യ ൃണോത്തി ശ്രുത്വാപ്യം ആശ്ചര്യ അതിനെ കണ്ടെത്തിയവനൊരാശ്ചര്യം അവനെ ആശ്ചര്യം എന്ന പോലെ മറ്റുള്ളവർ കാണുന്നു കിട്ടുന്നവരും ആശ്ചര്യം ലഭിച്ചവരും ആശ്ചര്യം ഒക്കെ ആശ്ചര്യമാണ് ആ ആശ്ചര്യത്തിന് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥിതപ്രജ്ഞ സെ കാഭാഷ എന്ന് ചോദിച്ചത് അപ്പൊ എന്തിനാ ഇതിൽ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ ഈ പ്രത്യക് പ്രവാഹിനി വൃത്തി വൃത്തി പുറത്തേക്ക് പോകുന്ന വൃത്തി അന്തർമുഖമായി സ്വരൂപത്തിൽ രമിക്കാൻ തുടങ്ങുമ്പോൾ അത് വളരെ പവർഫുൾ ആകും വാക്കുകൊണ്ട് പറയുന്നതിനെക്കാളും അതിന് പ്രാബല്യം ഉണ്ടാകും അതാണ് മൌനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം ദക്ഷിണാമൂർത്തി മൌനത്തിലൂടെ തന്നെ അതിനെ പ്രകടിപ്പിച്ചു എന്നാണ് ആ മൌനത്തിന് തന്നെ വളരെ പ്രാബല്യമാണ് രമണ മഹർഷിയുടെ സൈലൻസിനെ കുറിച്ച് പാൾബ്രണ്ടൻ പറഞ്ഞു ഹി സൈലൻസ് വാസ് മോർ എലക്വന്റ് ഇമ്പോർട്ടന്റ് ദാൻ ഹി സ്പീച്ച് എന്നാണ് അദ്ദേഹത്തിന് മൗനം നിശ്ചലത വാക്കിനേക്കാളും വാചാലമാണെന്നാണ് പ്രബലമാണ് ശക്തിയേറിയതാണ് ആ മൌനമാണ് ജ്ഞാനികളുടെ ലക്ഷണം ജീവൻ മുക്തന്മാരുടെ അവര് മിണ്ടിയാലും പോലും അവര് വ്യവഹരിച്ചാലും പോലും അതിനു പുറകിൽ മൗനമുണ്ടാവും നിശ്ചലത ഉണ്ടാവും മൗന ഘനാമൃതാബ്ദി എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറയുന്നത് ഘനീഭവിച്ച അമൃതസമുദ്രം പോലെയുള്ള മൗനം എന്നാണ് ആ മഹാമൌന സ്ഥിതിയാണ് പ്രജ്ഞ എന്ന് പറയണത് പ്രജ്ഞ തെളിഞ്ഞവർക്ക് സ്ഥിരമായ ആ അമൃതം പോലെയുള്ള മൗനം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ആ മൗനരസത്തിനെ അവര് സദാ അകമയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കും ആ മൗനം തന്നെയാണ് അനുഭൂതിയുടെ സ്വരൂപം ആ മൗനാനുഭവത്തിനെ സ്വന്തമാക്കിയവരെയാണ് ഇവിടെ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അതിന് ആദ്യത്തെ പടിയാണ് ഇന്ദ്രിയ നിഗ്രഹം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമായി ഹൃദയത്തിലേക്ക് തിരിച്ച് ഹൃദയസ്ഥാനത്തിൽ ധ്യാനത്തിൽ എരുത്തുക എന്നുള്ള കൂറുമ യോഗത്തിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു അടുത്തത് നമ്മള് നാളെ കാണും ഫാലാവനം കിരീടം ഫാലനേത്രാദഗ്ധ പഞ്ചേശുകീട്ടം ശൂലാഹ ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദിരാജദ് ഭുജംഗം അബ്രഗംഗാതരംഗാഭിരാമോത്തമാ സിദ്ധ സംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദേശ ശംഭോ ശംഭോ മഹാദേവദ നിിദ നിശേഷോകേശ വൈരി പ്രതാ കാ കാരഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവദിവദേവേശംഭോ ശംഭോ മഹാദേവേവ കീശം മഹാവ്യോമകേശം കുന്സൂര്യ പ്രകാശം ഭജേ മാർഗന്ധുവാ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ മൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാഗൌര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേശ ശംഭോ ശംഭോ മഹാദേവേ സുഖിന് സന്തു സന്തുരാമയാേ ഭദ്ര പശ്യൻ മാ കശിദ്ദുഖ് ഭവു കാ വാചാ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കയത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പമ യോ മമാത്മാവസി ത്വമ തോന്നും മമ കിച്ചിസ്തിയേഷ്ടം കുരുമാത്മന രമണ ഭര നമു പാർവതീപതേ ഹരഹര മഹാദേവ